ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ നമ്മളിവിടെ ഴ്ചത്തെ പ്രഭാഷണ പരമ്പരയിൽ മറ്റു വിഷയമേ വെച്ചിട്ടുള്ളൂ കർമ്മത്തെ സംബന്ധിച്ച് കർമ്മരഹസ്യം എന്തിനീ വിഷയം എന്ന തുടക്കത്തിൽ പറഞ്ഞു സവിശേഷത അവൻ ഏത് കർമ്മത്തെ തിരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചാണ് അവൻ്റെ ഭാവി എന്നതാണ് തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളെ ഒന്നിലധികം സാധ്യതകളെ അപഗ്രഥിക്കാനും സ്വീകരിക്കണം ഏത് തള്ളണം എന്ന് നിശ്ചയിക്കാനും അധികാരമുള്ളവനാണ് മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രധാനമാണ് ഏതിനെ താൻ തിരഞ്ഞെടുക്കുന്നുവോ ഏത് മേഖലയിലായാലും അത് മുഖ്യമാണ് സാധ്യതകളെ അപഗ്രഥിച്ച് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി ഇവിടെ അവശ്യം കർമ്മത്തിന് സംസ്കാരൂപമായ ഫലം സംഭവിക്കുമെന്നും ആ സംസ്കാരം വാസനയെ ഉണ്ടാക്കുന്നത് വഴി വീണ്ടും കർമ്മത്തിന് പ്രേരകമാകുമെന്നും അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ കർമ്മബദ്ധരായി തീരുമെന്നും ശ്രദ്ധിച്ചു കർമ്മബദ്ധരാവാതിരിക്കാൻ എന്താണ് മാർഗം അവിടെയാണ് കർമ്മത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം കർമ്മം വികർമ്മം തുടങ്ങിയ വ്യത്യാസങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചു കർമ്മവും ഫലവും തമ്മിലുള്ള പാരസ്പര്യം അതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഫലസംബന്ധിയായ മമത്വത്താലാണ് ബന്ധിക്കപ്പെടുന്നത് അല്ലാതെ കർമ്മത്താലല്ല ഈ മമത്വത്തിൻ്റെ അർത്ഥരാഹിത്യത്തെക്കുറിച്ച് ചിന്തിച്ചു എങ്ങനെ അതിനെ അതിക്രമിക്കാം എന്നാലോചിച്ചപ്പോഴാണ് നമുക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ ഫലത്തിലധികാരമില്ല എന്നുള്ള സിദ്ധാന്തത്തെ നമ്മൾ ശ്രദ്ധിച്ചു ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നു എത്ര നന്നായി കർമാചരണം ചെയ്യാമോ അത്ര നന്നായി കർമാചരണം ചെയ്യും സ്വാഭാവികമായി ഫലം നന്നാവും അല്ലാതെ ഫലത്തിൽ നമുക്ക് അധികാരമില്ല ഇതൊരു കേവലയാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഫലകാമന ഇല്ലാതെ കർമാചരണം ചെയ്യുന്നതിനെ കുറിച്ച് അത് കർമ്മയോഗമാണെന്ന് നാം പഠിച്ചു കർമ്മവും കർമ്മയോഗവും വളരെ അന്തരമുണ്ട് ഭഗവാൻ തന്നെ തന്റെ ഗീതോപദേശത്തിൽ പറയുന്നുണ്ട് ദൂരേണവരം കർമ്മ ബുദ്ധിയോഗ ധന ഹേ ധനജയ ഹേ അർജുന സമത്വബുദ്ധി സിദ്ധിയിലും അസിദ്ധിയിലും കർത്താവിനുണ്ടാകുന്ന സമത്വബുദ്ധി അതാണ് യോഗം എനിക്ക് ഈ കർമ്മനിർവഹണമേ സാധിക്കൂ കർമ്മം ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥ ചെയ്യാനും എനിക്ക് അധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് നന്നായി ചെയ്യാം മോശാക്കി ചെയ്യാം ചെയ്യാതിരിക്കാം ഏത് കർമ്മവും വേണ്ടതുപോലെ ചെയ്യാം ചെയ്യരുതാത്തതുപോലെ ചെയ്യാം ചെയ്യാതിരിക്കാം അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി കർമ്മത്തിലധികാരമുണ്ട് എന്നാൽ ഫലത്തിലധികാരമില്ല ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി തൻ്റെ കർത്തവ്യം ഇതാ ഞാൻ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു ഇത്ര എനിക്ക് സാധിക്കൂ എന്ന ദൃഢമായ ബോധമുണ്ടെങ്കിൽ സിദ്ധ്യസിദ്ധിയോ സമോഭൂത്ത്വാ സിദ്ധിയിലും അസിദ്ധിയിലും സമനായി അങ്ങനെയുള്ള യാതൊരു സമത്വമുണ്ടോ അതിന് പറയുന്ന പേരാണ് യോഗം കർമ്മയോഗം നമ്മൾ ചിന്തിച്ചതാണിവിടെ ഈ സമത്വബുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം കർമ്മയോഗമായി തീർന്നു കർമ്മയോഗത്തെക്കാൾ എത്രയോ നികൃഷ്ടമാണ് കർമ്മം അഥവാ കർമ്മത്തെക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ് കർമ്മയോഗം ഒരേ കർമ്മമാണ് കർമ്മം മാറുന്നില്ല ഇന്നലെ വരെ ഫലകാമനയോടുകൂടി ചെയ്തിരുന്ന അതേ കർമ്മമാണ് ഇന്നും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ മനോഭാവം മാറിയിരിക്കുന്നു കർമ്മത്തോടുള്ള നമ്മുടെ സമീപനം മാറിയിരിക്കുന്നു ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം മാറിയിരിക്കുന്നു അതോടുകൂടി ഇന്നലെ വരെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്ന ബന്ധനമുണ്ടാക്കിയിരുന്ന കർമ്മങ്ങള് ബന്ധകാരി അല്ലാതായി തീരുന്നുണഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ഹേ ധനഞ്ജയ അർജുന സമത്വ ബുദ്ധിയോടു കൂടിയ കർമ്മയോഗത്തെക്കാൾ എത്രയോ നികൃഷ്ടമാണ് കർമ്മം കുറച്ചുകൂടി നല്ല ഭാഷ പറഞ്ഞാൽ കർമ്മത്തെക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ് കർമ്മയോഗം ാക്കി നമ്മൾ ആചരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു അവിടെയാണ് പ്രായോഗികമായൊരു പ്രശ്നം വന്നത് ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ കർമ്മത്തോട് ബന്ധപ്പെട്ട് അറിയാതെ മഹത്വബുദ്ധി വന്നു ചേരുന്നു എൻ്റെ അറിയാതെ വന്നു ചേരുകയാണ് അപ്പോ എൻ്റെ എന്നുള്ള മഹത്വചിന്ത ഇല്ലാതെ കർമ്മം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം അതെങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാം അവിടെയാണ് വലിയൊരു ഉപായം കർമ്മയോഗത്ത് നേടിയെടുക്കുന്നതിനുള്ള ഉപായം ഭഗവാൻ ഉപദേശിച്ചത് നാം ചിന്തിച്ചു ഈശ്വരാർപ്പണഭ ഭാവത്തിൽ കർമ്മം ചെയ്യൂ എന്റെ കർമ്മങ്ങളെ കൊണ്ട് ഞാൻ ഭഗവാനെ പൂജിക്കുകയാണ് ചെയ്യണത് എന്ന മനോഭാവം എപ്പോൾ നമ്മളിൽ വരുന്നു സ്വാഭാവികമായി ഫലത്തിൽ പ്രസാദ ബുദ്ധി കൈവരും അതുകൊണ്ട് ഫലകാമന ഇല്ലാതെ കർമ്മം ചെയ്യുക എന്ന് പറയേണ്ടതില്ല പകരം ഈശ്വരാർപ്പണഭ ഭാവത്തിൽ കർമ്മം ചെയ്യുക എന്ന് പറയുക അതെങ്ങനെ സാധിക്കും വെറുതെ ഈശ്വരാർപ്പണം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഒരു പ്രയോജനമില്ല ഞാൻ ചെയ്യണതൊക്കെ ഭഗവാനിൽ അർപ്പിച്ചാ ചെയ്യണത് എന്ന് വാക്ക് പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പോഴാണ് ഈ പ്രപഞ്ച വ്യവസ്ഥയെ ഒന്ന് നിരൂപണം ചെയ്യാൻ പറയുന്നത് നിരന്തരം നിരവധി കർമ്മവ്യാപാരങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അതിസൂക്ഷ്മമായ ഒരണുകണത്തെ വിചാരത്തിന് വിധേയമാക്കിയാലും നമുക്കാകാവുന്നത്ര വൈപുല്യമാർന്ന പ്രപഞ്ചത്തെ മൊത്തം നിരീക്ഷിച്ചാലും നാം കണ്ടറിയുന്നു നിരന്തരം നിരന്തരം ഈ പ്രപഞ്ചത്തിൽ മഹാകർമ്മങ്ങൾ നടക്കുകയാണ് എവിടെയും ർമ്മവും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിനൊക്കെ പിന്നിൽ അചിന്യമായ ഒരു ഇച്ഛാശക്തിയുടെ പ്രവർത്തനം ഒരു മുട്ട പൂവായി വിടരുന്നതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസം ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം നമ്മുടെ നിരീക്ഷണത്തിന് വിധേയമാക്കുക ഈ ശരീര സംഘാന്തത്തിനുള്ളിലുള്ള നിരവധി കോശങ്ങളുടെയോ കോശ സമൂഹങ്ങളുടെയോ ടിഷ്യൂകൾ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക ഇവിടെ നോക്കിയാലും അവിടെ നോക്കിയാലും എല്ലായിടത്തും നമ്മൾ കാണുന്നു നിരന്തരം സംഭവിക്കുന്ന കർമ്മങ്ങളുടെ മുഴുവൻ പിന്നിൽ വലിയൊരു ഇച്ഛാശക്തിയുടെ പ്രവർത്തനം ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ കർമ്മം എൻ്റെ കർമ്മം എന്ന് നമ്മൾ ഓരോരുത്തർ പറയുന്നത് കേവലം മിഥ്യാഭിമാനം കൊണ്ട് മാത്രമാണ് ഈ തിരിച്ചറിവ് കൈവരുമോ ഭഗവൻ അവിടുത്തെ കർമ്മം ഇതാ അവിടുത്തെത് തന്നെ ഇങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധി സമ്പാദിക്കാം ഈശ്വരാർപ്പണ ബുദ്ധി സമ്പാദിക്കുമ്പോൾ സ്വാഭാവികമായി വളരെ ഉയർന്ന കോടിയിലുള്ള ഭക്തിയായി പരിണമിച്ചു പലപ്പോഴും ഭക്തിയൊന്ന് വേറെ കർമ്മം വേറെ എന്നൊക്കെ ധരിക്കാറുണ്ട് അതില്ല ഈ ഈശ്വരാർപ്പണഭാവം എപ്പോൾ നമുക്ക് കൈവന്നുവോ അപ്പൊ അത് ഭക്തിയായി ീശ്വരനിലുള്ള സേവനമായി സേവനമാണ് ഭക്തി സേവാഭാവമാണ് ഭക്തി ഭക്തന് എല്ലാം ഭഗവത് പ്രസാദം അതുകൊണ്ട് ഈ ഒരു സമത്വ ബുദ്ധിയോടുകൂടി ജീവിക്കേണ്ടുന്നതിൻ്റെ അത്യാവശ്യകത നമ്മൾ ചിന്തിച്ചു ഈ ഒരു കർമ്മയോഗത്തെ പറഞ്ഞപ്പോഴാണ് വേറൊരു സംശയം പൊന്തി വന്നത് ശരിയാണ് നൂറു ശതമാനം ശരിയാണ് എങ്കിൽ തന്നെയും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരല്ലേ പല തൊഴിലുകളിലേർപ്പെട്ടവരല്ലേ കച്ചവടത്തിലും വ്യവസായത്തിലും കൃഷിയിലും കർമ്മയോഗം എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ എല്ലാ മേഖലകളിലും നമുക്ക് ഉയരണ്ടേ തീർച്ചയായിട്ടും ഉയരണം അപ്പം കർമ്മത്തിലൂടുള്ള ജീവിത വിജയം എങ്ങനെയാണ് അതെന്തെല്ലാം ഘടകങ്ങളെ അപേക്ഷിച്ചിരിക്കുന്നു ഈ ചിന്തയാണ് നമ്മളെ വളരെ വിശദമായി ഒരാലോചനയിലേക്ക് നയിച്ചത് അവിടെ ഒരു കർമ്മഫലസിദ്ധിക്ക് എന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്നതാണ് നമ്മൾ ആലോചിച്ചത് അവിടെ നമ്മൾ ചിന്തിച്ചു അധിഷ്ഠാനം തഥാ കർത്ത കരണം വിവിധ ചേഷ്ട്ര പഞ്ചമം എന്ന് ഈ അഞ്ച് ഘടകങ്ങളെ ശ്രദ്ധിക്കണം അധിഷ്ഠാനം കർത്ത കരണം വിവിധ പൃഥക് ചേഷ്ടവും കർത്താവും കരണവും ചേഷ്ടകളും നാലെണ്ണം പിന്നെ ദൈവവും ഈ അഞ്ചെണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മഫലസിദ്ധിയും ഉണ്ടാവുന്നത് ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നത് അഞ്ചും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിക്കുന്നില്ല കൊണ്ട് ആവർത്തിച്ചാൽ പറഞ്ഞ പറഞ്ഞിരിക്കുമോ അതിലർത്ഥമില്ല മാത്രമല്ല ഏഴു ദിവസം അല്ല എഴുന്നൂറ് ദിവസം പറഞ്ഞാലും കർമ്മത്തെ കുറിച്ച് തീരില്ല എങ്കിലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഒന്ന് നോക്കൂ നമ്മളൊക്കെ ജീവിതത്തിൽ സുഖമിച്ഛിക്കുന്നവരാണ് വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള ഫലങ്ങളെ കർമ്മഫലങ്ങളെ ആഗ്രഹിക്കുന്ന നമ്മൾ സുഖമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് സുഖമുണ്ടാവണം സുഖപ്രാപ്തിക്ക് സത്വത്തിൻ്റെ കാര്യമാണ് സുഖമെന്നറിയണം രജസിന്റെ കാര്യം ദുഃഖം എന്നറിയണം തമസിന്റെ കാര്യം മോഹമെന്നറിയണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളെ സാത്വികമാക്കുക അതിനെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിയതം സംഘരഹിതം കൃതം അഫലപ്രേംസുനാ കർമ്മം സാത്വിക നമ്മൾ വിശദമായി ചിന്തിച്ചു ഇവിടെ അതുപോലെ വളരെ പ്രധാനമാണ് കർത്താവ് കർത്താവെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നവൻ കർത്താവ് സാത്വികനായിരിക്കണം നമ്മൾ വിലയിരുത്തുക നമ്മളെ സ്വയം വിലയിരുത്തുക ഓരോ കർമ്മതന്ത്രത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇപ്പോൾ വെറുതെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഓ ഞാനൊക്കെ സാത്വികനാന്ന് ഓരോരുത്തരും പറയും ഞാൻ വളരെ സാത്വികനാണ് ബാക്കിയുള്ളവരൊക്കെ താമസികന്മാരും രാജസികന്മാരുമാണ് ഞാൻ സാത്വികനാണ് സ്വാമി എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്തും എപ്പോ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ പോരാ ഓരോ കർമ്മവ്യാപാരവുമായി ബന്ധപ്പെടുമ്പോൾ ക്രിയ ചെയ്യുന്ന സമയത്ത് ലോകത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുന്ന സമയത്ത് ലൗകികവും വൈദികവുമായ കർമാചരണങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോഴേ നിർണ്ണയിക്കാൻ പറ്റുമോ നമ്മളിൽ ഏത് ഭാവമാണ് കൂടുതലെന്ന് ചെയ്യാതൊരാൾ ഇരിക്കുകയാണെങ്കിൽ ആരുടെ അസൂയുണ്ടാവില്ല ആരോടും ദേഷ്യം ഉണ്ടാവില്ല എന്തെങ്കിലും പ്രവർത്തന മേഖലയിൽ വരുമ്പോഴാണ് നമ്മുടെ മനോഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാം വ്യക്തികളോടുള്ള പ്രതികരണം സമൂഹത്തോടുള്ള പ്രതികരണം സമാനന്മാരോടുള്ള പ്രതികരണം അസമാനന്മാരോടുള്ള പ്രതികരണം Of okay. hmm of െ നമുക്ക് നമ്മളെ നിരൂപണം ചെയ്യാൻ കഴിയണം വ്യത്യസ്ത കർമ്മവ്യാപാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മളിലുണ്ടാവുന്ന പ്രതികരണ ഭേദങ്ങളെങ്ങനെ അപ്പോഴേ നമുക്ക് സാത്വികഭാവം രാജസിക ഭാവം താമസിക ഭാവം സ്വയം തന്നിൽ വിലയിരുത്താൻ പറ്റും ഇത് വളരെ ശ്രദ്ധിക്കുക അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സാത്വിക കർത്താവിനെയാണ് പറഞ്ഞത് ഇന്നലെ സാത്വിക കർത്താവ് ഹംവാദി ധൃത്യുസാഹസമന്യുതഹ സിദ്ധ്യസി ലക്ഷണം നമ്മൾ ഇന്നലെ വിശദമായി പറഞ്ഞു മുക്തസംഗ ധൃതിയും ഉത്സാഹവും ഉള്ളവൻ സിദ്ധ്യസിദ്ധ്യോഹോ നിർവികാര സിദ്ധിയിലും അസിദ്ധിയിലും നിർവികാരൻ ഇങ്ങനെയുള്ള ആളാണ് സാത്വിക കർത്താവ് എന്ന് പറഞ്ഞു പരമാവധി സുഖമിച്ഛിക്കുന്നവർ സാത്വിക കർത്താക്കളാവണം അതിനെ പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ നേടാവുന്നതേ ഉള്ളൂ പരിശ്രമിച്ചാൽ സാധിക്കാത്ത ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കാരണം ഇവിടെ ഭഗവത്ഗീതയിലായാലും മറ്റു വൈദിക ശാസ്ത്രങ്ങളിലായാലും എന്തുപദേശിക്കുന്നുണ്ടോ ഒക്കെ പരിശ്രമം കൊണ്ട് ഈ ലോകത്തിൽ നേടാൻ കഴിയുന്നതാണ് അപ്രായോഗികമായ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഭഗവാൻ ഇപ്പോൾ സാത്വിക കർത്താവാകണം സാത്വിക കർത്താവണം പറയുമ്പോൾ തന്നെ രാജസിക താമസിക കർത്താക്കളുടെ ഭാവം നമ്മൾ എങ്ങനെയെന്ന് മനസ്സിലാക്കണം ഇവിടെ സാത്വിക കർത്താവ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു മുക്തസംഘ സംഘമൊഴിഞ്ഞവൻ മമത്വ സംഘം അനഹംവാദി ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ലാത്തവൻ ഞാൻ ചെയ്താലേ നേരെയാവും ഞാൻ ചെയ്താൽ നേരെയാവും കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും ഒന്നും പറയാൻ വയ്യ അങ്ങനെയൊന്നും ഇല്ലാത്തവൻ അനഹംവാദി ധൃപ്യുത്സാഹസമന്യത നല്ല മനക്കരുത്തും തൻ്റെ ഇടവും ഉത്സാഹവും തികഞ്ഞവൻ അതേ സമയത്ത് സിദ്ധ്യസിദ്ധ്യോഹോ നിർവികാര ഫലസിദ്ധിയിലും അസിദ്ധിയിലും യാതൊരു വികാര ഭേദവും ഇല്ല കാരണം ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു അതിനപ്പുറം എനിക്ക് എന്ത് സാധിക്കും ഫലം സ്വാഭാവികമായി വന്നു ചേരേണ്ടത് ഈ ഒരു തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന കർത്താവാണ് സാത്വിക കർത്താവ് സാത്വിക കർത്താവിന് എപ്പോഴും സുഖമുണ്ടാവുള്ളൂ ചിന്തിക്കുക അപ്പോൾ ആരാണ് രാജസിക കർത്താവ് അതൊഴിവാവണല്ലോ അങ്ങനെ അല്ലാതാവണല്ലോ നമുക്ക് ഹർഷശോകാൻ കർത്ത രാജസ പരി കീർത്തി രാജസിക കർത്ത രാഗീ രാഗത്തോടൊത്തവൻ രാഗം എന്ന് പറഞ്ഞാൽ സുഖത്തിനായിക്കൊണ്ട് പ്രാപ്തമായ വസ്തുവെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനോഭാവമാണ് രാഗം അതിനോട് ചേർന്നിരിക്കുക ഞങ്ങളുടെ പോക്കറ്റിൽ ഒരു പെണ്ണെ കണ്ടു തര കേട്ടില്ല കുഴപ്പമില്ല കേട്ടോ എന്ത് വസ്തുവൈ നല്ലതാണെന്ന് കാണുന്നതിനൊരു കുഴപ്പവും ഇല്ല സുന്ദരമാണ് ഒരു കുഴപ്പമില്ല എന്താ സൗന്ദര്യാസ്വദിച്ചുകൂടെ തീർച്ചയായിട്ടും ആസ്വദിക്കാം പക്ഷേ അറിയാതെ അടുത്ത ഘട്ടത്തിൽ തോന്നുക ഇതെനിക്കായാൽ തിരക്കേടില്ല അവിടെ നമ്മൾ ബന്ധാകപ്പെടാൻ തുടങ്ങി അത് തിരക്കേടില്ല നല്ലതാണ് ഭംഗിയുള്ളതാണ് എന്ന് തോന്നി അവർ കുഴപ്പമില്ല എന്താ കുഴപ്പം പക്ഷേ അറിയാതെ അതിൻ്റെ പിന്തുടർച്ച തോന്നുകയാണത് എനിക്കായാൽ തിരക്കേടില്ലല്ലോ അപ്പൊ ചിലപ്പോൾ നമ്മൾ അനേക ന്യായവാദങ്ങളെ സ്വയം കണ്ടെത്തും അത് അവനുള്ളതിനേക്കാൾ നന്നാവുക എനിക്കായാലാ ഒന്നുകിൽ ചോദിക്കും അല്ലെങ്കിൽ മോഷ്ടിക്കും എങ്ങനെയെങ്കിലും അവൻ്റെ കൈവശമുള്ള വസ്തു എൻ്റെ കൈവശമാക്കും ഇപ്പം അത് വെച്ചുകൊണ്ടിരിക്കാനൊരു സന്തോഷം അതിങ്ങനെ ചേർന്നിരിക്കുക അത് വെച്ചുകൊണ്ടിരിക്കുക അത് എൻ്റെതാണെന്ന് ആലോചിക്കുക അതിനോട് ചേർന്നിരിക്കുക മറ്റൊരു പെണ് പറഞ്ഞോന്നേ ഉള്ളൂ ഏതു ആവാം രാഗം രാഗപ്രേരിതനായി പ്രവർത്തിക്കുന്നവൻ രാഗീ രാഗത്തോടൊത്തവൻ യിരിക്കുന്നവൻ രാഗത്താൽ മാത്രം പ്രേരിതനായിരിക്കുന്നവൻ നമ്മുടെ ഭഗവാൻ മറ്റൊരു പ്രകരണത്തിൽ പറയും നമ്മുടെ ഏറ്റവും പ്രധാന ശത്രുക്കള് ഈ രാഗവും ദ്വേഷവുമാണെന്ന് ഓർമ്മിക്കൂ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുക്കള് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രാഗദ്വേഷങ്ങളാണ് വേറെ ആരുമല്ല നമ്മൾ പലപ്പോഴും പുറമേ ഉള്ളവരെ ശത്രുക്കളായി കാണാറുണ്ട് പുറമെ അല്ല നമ്മുടെ ശത്രുക്കൾ ഉള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രാഗദ്വേഷാദിദ്വന്ദ് നമ്മുടെ ശത്രുക്കൾ അവരാണ് നമ്മെ അധപതിപ്പിക്കുന്നത് എനിക്കട്ടെ രാജസിക കർത്താവ് രാഗിയാണ് രാഗി കർമ്മഫലപ്രേ േഹ കർമ്മഫലത്തെ അത്യന്തമായി ആഗ്രഹിക്കുന്നവൻ അത്യന്തമായി കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവൻ കർമ്മം ചെയ്യുന്നു പക്ഷെ ചെയ്യുന്നത് മുഴുവൻ ഈ ആഗ്രഹത്താൽ പ്രേരിതനായിട്ടാണ് പലപ്പോഴും അറിയാതറിയാതെ നമ്മൾ അങ്ങനെയായി പോകുന്നു എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു അനുബന്ധം മാത്രം ചിന്തിച്ച് ഇതിലെന്ത് കിട്ടും ഇതിലെന്ത് കിട്ടും ഇതിലെന്ത് കിട്ടും കിട്ടണം തീർച്ചയായിട്ടും കിട്ടണം എന്നല്ല കിട്ടുകയും ചെയ്യും കാരണം കർമ്മത്തിന് ഫലം എന്നുള്ളത് അവശ്യ നിയമമാണ് ആർക്കും ലംഘിക്കാൻ കഴിയാത്ത നിയമമാണ് കർമ്മത്തിന് അവശ്യം ഫലമുണ്ട് അതുകൊണ്ട് ചെയ്തോ കിട്ടും കിട്ടും എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനാൽ ബദ്ധരാവുകയാണ് അതാണ് ഇവിടെ പറയണത് കർമ്മഫലപ്രേപ് സുഹു അത്യന്തമായി ആഗ്രഹിക്കുന്നവൻ അതാണ് രാജസിക മറ്റൊരു ലക്ഷണം മറ്റൊരു ലക്ഷണം ലുബ്ധ ലുബ്ധൻ ലുബ്ധൻ എന്ന് പറയുമ്പോ എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് മാത്രമല്ല ന്യായമായി ചെലവഴിക്കാൻ മടിയുണ്ടാവും എത്ര കിട്ടിയാലും മതിയാവില്ല അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാൻ മടി ലുബ്ധ അതായത് ഒരു കർത്താവുമ്പോൾ ക്രിയാനിഷ്പത്തിക്ക് വേണ്ടി നമ്മൾ പലതും ചെലവാക്കേണ്ടി പലതും ചെയ്യേണ്ടി നമ്മുടെ സമ്പത്ത് സമ്പത്ത് പലതരത്തിലാവാം നമ്മുടെ സമ്പത്തിൻ്റെ വിനിമയം കൂടാതെ ഒരു ക്രിയാനിഷ്പത്തി ഉണ്ടാവില്ല സമ്പത്ത് പലതാവാം ചിലപ്പോൾ അത് ധനമാകാം ചിലപ്പോൾ മറ്റേതെങ്കിലുമൊക്കെ ശക്തികളാവാം നമ്മുടെ സമാഹരിച്ച നമ്മുടെ ശക്തിയാവാം പലതാവാം എന്തെങ്കിലും ഒരു വ്യയം ചെയ്യാതെ സമ്പത്തിന്റെ വ്യയം ചെയ്യാതെ ആർക്കും ക്രിയാനിഷ്പത്തി ഉണ്ടാവില്ല ഉറപ്പ് പക്ഷെ ചെലവാക്കാൻ ആവശ്യത്തിന് പോലും ചെലവാക്കാൻ തോന്നായിക അതാണ് രാജസീയ കർത്താവിന്റെ മറ്റൊരു ലക്ഷണം ഹിംസാത്മക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകളെ കൊണ്ടും തൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമായി പരമാവധി മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും ചെയ്യാനുള്ളത് ചെയ്യും രാജസീയ കർത്താവായതുകൊണ്ട് നല്ലപോലെ പ്രവർത്തിക്കും പ്രവർത്തിക്കാതെ ഒന്നും ഇരിക്കില്ല പക്ഷെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ ഹിംസയാണവർ മറ്റുള്ളവരെ മനസ്സ് നോപിപ്പിക്കാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാനാവുന്നതിൻ്റെ ഉള്ളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും താൻ തൻ്റെ പണി ചെയ്യുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാനാവണത് പരിശ്രമിക്കും അതിലൊരു സന്തോഷം ഹിംസാത്മക ഇത് പൊതുവെ നമ്മുടെ സമൂഹത്ത് കാണും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ ചെന്നിട്ട് താടിക്ക് കയ്യും കൊടുത്തല്ല ഇങ്ങനെ പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടില്ലയേ ഞാനത് അറിഞ്ഞേ കേൾക്കുമ്പോൾ തൊന്നും വലിയ സ്നേഹത്ത് പറയുക ഹിംസാത്മക അയാളെ ദുഃഖിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷം അതിനു വേണ്ടിയിട്ടാണ് അതിന് എങ്ങനെയെങ്കിലും ഉപായങ്ങൾ ഉണ്ടാക്കും തൻ്റെ കർമ്മവ്യാപാരത്തോട് ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ ക്ലേശിപ്പിക്കാനുള്ള പരിശ്രമം ഹിംസാത്മക അശുചിഹി ശുചിയല്ലാത്തവൻ അശുദ്ധ വ്യവഹാരങ്ങൾ ചെയ്യുന്നു തൻ്റെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് കള്ളവും പറയും എന്തുണയും പറയും ആരെ വേണമെങ്കിൽ വഞ്ചിക്കും ആരെ വേണമെങ്കിൽ ആരുടെ മുമ്പിലും നല്ല മുഖമൊക്കെ അടിച്ച് വേറെ രീതിയിൽ പ്രവർത്തിക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഒരൊറ്റ വിഷയമേ ഉള്ളൂ രാജസിക കർത്താവിനെ സംബന്ധിച്ച് എനിക്ക് കാര്യം നടക്കണം എനിക്ക് കാര്യം നടക്കാൻ ഞാൻ ആരെന്ത് ആർക്കെന്ത് ദോഷം ചെയ്താലും ഒരു കുഴപ്പമില്ല അശുചി പറഞ്ഞത് പാലിക്കാതിരിക്കുക പറയാൻ വിചാരിച്ചതല്ലാത്തത് പറയുക അവർ തെക്കോട്ട് പോകാൻ നിൽക്കുമ്പോൾ എങ്ങോട്ടാണ് പോണെന്ന് വെച്ചാൽ വട്ടക്കോട്ടാന്ന് പറയും ഒരാവശ്യം ഉണ്ടാവില്ല അശുചി സർവോപരി ഹർഷശോന്മിത ഹർഷശോകങ്ങളോടുകൂടിയവനാണ് എന്തെങ്കിലും ഉദ്ദേശിച്ച കാര്യം ലഭിക്കുമ്പോ അത്യധികമായ ഹർഷം ഉദ്ദേശിച്ച കാര്യം ലഭിക്കാതിരിക്കുമ്പോ വിഷാദം ശോകം ഇത് രണ്ടുകൊണ്ടും സ്വയം നമ്മുടെ മനസ്സ് തന്നെ വൈഷമ്യത്തെ പ്രാപിക്കുന്നു ഹർഷം കൊണ്ടും നമ്മുടെ മനസ്സിന് വൈഷമ്യം ഉണ്ടാവുന്നു ശോകം കൊണ്ടും നമ്മുടെ മനസ്സിന് വൈഷമ്യം ഉണ്ടാവുന്നു ഹർഷ ശോകാന്ത ഹർഷം ശോകം എന്നിവയോട് ചേർന്നവൻ ഇങ്ങനെയുള്ള കർത്താവാണ് രാജസിക കർത്താവ് അപ്പൊ നമ്മള് ഇതൊക്കെ മറ്റുള്ളവരെ തൂക്കാനുള്ളതല്ലെന്ന് പ്രത്യേകം മനസ്സിലാക്കണം മ്മിലേക്ക് നോക്കുക ഒരു കർമ്മ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ എങ്ങനെയാണ് സ്പന്ദന ഉണ്ടാവുന്നത് സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് എന്നിട്ട് നമ്മെ ക്രമീകരിക്കുക വേറുള്ളവരെ ക്രമീകരിക്കാനല്ല അപ്പോൾ രജസസ്തു ഫലം ദുഃഖം എന്ന് പിന്നെ പറയാൻ പോകുന്നുണ്ട് ഭഗവാൻ രജസിന്റെ ഫലം ദുഃഖമാണ് അപ്പൊ രാജസിക കർത്താവായിട്ട് നമ്മൾ ഇരുന്നാൽ നിശ്ചയമായും ഒരു ദുഃഖ ഫലം വന്നു ചേരാൻ നമ്മൾ സ്വയം കാരണമാകുന്നു അതുകൊണ്ട് അത് ഒഴി ഉപേക്ഷിക്കണം അപ്പൊ ഈ ഭാവങ്ങൾ നമ്മളിലുണ്ട് ഇപ്പൊ പറഞ്ഞ ഭാവങ്ങൾ നമ്മളിലുണ്ട് എന്തു ചെയ്യും സാരല്യ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തരുത് ഒരിക്കലും സ്വയം ശപിക്കരുത് ഒരിക്കലും ഞാൻ നേരെയാവില്ല എന്ന് പറയരുത് നമുക്ക് ഏവർക്കും നമ്മെ ഉയർത്താം നമുക്ക് ഏവർക്കും നമ്മെ താഴ്ത്താം ഒന്നോർക്കുക നമ്മെ മാത്രമേ ഉയർത്താനും താഴ്ത്താനും സാധിക്കൂ ലോകത്തിൽ ഒരാളെ പോലും നന്നാക്കാൻ നമുക്ക് കഴിയില്ല ചീത്തയാക്കാനും നമുക്ക് കഴിയില്ല നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഉപദേശം ആരെയായി നാട്ടുകാരെയൊക്കെ അസാധ്യം എനിക്കാകെ ലോകത്തിലൊറ്റയാളെ നന്നാക്കാൻ പറ്റൂ ഒറ്റയാളെ രണ്ടാളെനിക്ക് പറ്റില്ല എന്നെ മാത്രം മറ്റത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ നന്ദുപറ്റ കുട്ടിയായിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ നമുക്ക് നന്നാക്കാനോ ചീത്തയാക്കാനോ വഴിയില്ല സാഹചര്യങ്ങൾ കൊടുക്കാം നന്മയിലേക്ക് ഉയരാനുള്ള സാഹചര്യം കൊടുക്കുന്നു തിന്മയിലേക്ക് താഴാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുന്ന രണ്ടും നമുക്ക് സാധിക്കും ഓരോ വ്യക്തിയും സ്വീകരിക്കുന്നത് അവനവന്റെ സംസ്കാര വിശേഷം അനുസരിച്ചാണ് അതുകൊണ്ട് പറയട്ടെ നമുക്ക് നമ്മിൽ പരിവർത്തനം വരുത്താം ഈ നമ്മിൽ വരുത്തേണ്ട പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ സത്വിക രാജസിക താമസിക കർത്താക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അപ്പോ താമസികർത്താവോ ഭഗവാൻ ഗീതയിൽ പറയുകയാണ് അയുക്തൃതോ നൈഷ്കോലസാദീ ദീർഘസൂത്രീ ക പ്രാകൃത സ്തബ്ധൈഷ് അലസഹ വിഷാദീ ദീർഘസൂത്രീ ഇത്രയും ലക്ഷണങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കണേ നമ്മളെ സ്വയം നോക്കാനാണേ വേറെ ആരെയും നോക്കാനല്ല അസമാതം യുക്തമായ അന്തക്കരണമില്ല ഒന്നിനോടും ചേർന്ന അന്തക്കരണമില്ല അസമാഹിതമാണ് അങ്ങോട്ട് പരക്കാൻ പാഴും ഇങ്ങോട്ട് പറക്കാൻ പറയണു എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല എന്താ ചെയ്യരുതാത്തെന്നറി എന്താ പറയണ്ടെന്നറിയില്ല എന്താ പറയരുതാത്തറിയില്ല എവിടെങ്കിലൊന്ന് ബന്ധിച്ചതാവണ്ടേ തന്നെ അതില്ല ഒരു ബന്ധനമില്ല ഒരടിസ്ഥാനമില്ല അയുക്തനാണ് അസമാഹിതനാണ് ഒരു മനസ്സിന് യാതൊരു അടക്കവും ഇല്ല പ്രാകൃത പ്രാകൃതൻ പ്രാകൃതൻ പറഞ്ഞ പ്രകൃതി വശകൽ എന്താണോ ഇന്ദ്രിയങ്ങൾ പ്രേരിപ്പിക്കണത് പ്രലോഭിപ്പിക്കുന്നത് അത് ചെയ്യുന്നു എന്തൊക്കെ മനസ്സിൽ തോന്നുന്നു അതൊക്കെയാണ് ചെയ്തു കൂട്ടുക അത്രയേ ഉള്ളു അങ്ങോട്ട് നോക്കിക്കോളൂ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിക്കോളൂ ഇങ്ങോട്ട് നോക്കി അത്രയേ ഉള്ളു ഒരു നിയന്ത്രണം ഇല്ല പ്രകൃതി സ്വയം നിയന്ത്രണമില്ലാത്ത അസംസ്കൃത സ്തബ സ്തബ്ധെന്ന് പറഞ്ഞാൽ ഈ സ്തംഭം പോലെ നിൽക്കുന്നവൻ സ്തംഭം തൂണ് തൂണ് പോലെ പ്രശ്നവും ഇല്ല തൻ്റെ ചുറ്റുപാട് ആർക്കൊക്കെ എന്തൊക്കെ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉണ്ടെങ്കിലും ഒന്നും തന്നെ ഒരു പ്രയാസമില്ല സ്തബ്ധ ആരുടെ മുമ്പിലും ആദരവില്ല ആദരിക്കേണ്ടവരെ ആദരിക്കാൻ പഠിക്കണം അമ്മയെ ആദരിക്കണം അച്ഛനെ ആദരിക്കണം ഗുരുജനങ്ങളെ ആദരിക്കണം സ്തബ്ധ ആരുടെ മുമ്പിലും പ്രത്യേകിച്ച് ആദരിക്കുന്നൊന്നുമില്ല ഒരു ഒരു നമിക്കുക എന്ന സ്വഭാവം അവനില്ല ആരുടെ എന്ത് ക്ലേശങ്ങൾ കണ്ടാലും അവന് യാതൊരിളക്കോ ഇല്ല ഒരു പ്രശ്നവും ഇല്ല പലപ്പോഴും ഈ സ്തബ സ്വഭാവം നമ്മളെ സമൂഹത്തിൽ ഇന്ന് കൂടുന്നുവോ ചിന്തിക്കുക വീട്ടിലൊരു കുട്ടി എന്തായാലും കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടി കാർട്ടൂൺ ഫിലിം കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ മുതിർന്ന ഒരാള് മുറിയിലേക്ക് വന്നപ്പോൾ ശോഭനങ്ങ പോലുമില്ല അത് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തല കുനിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ിക്കൊണ്ടേ ലോകം മുഴുവനുമായി ബന്ധപ്പെടുന്നു പക്ഷെ അടുത്തുള്ള അളവായിട്ട് ബന്ധപ്പെടുന്നില്ല ഞാൻ വാട്സപ്പിലൂടെ ലോകം മുഴുവൻ ബന്ധപ്പെടുക അമേരിക്കയിലുള്ള ആളുമായിട്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത് എന്റെ കൈ രണ്ടും ഇതിൻ്റെ ഉള്ളിലാണ് തല കുനിഞ്ഞിരിക്കുന്നു അടുത്ത് വന്ന ഞാൻ കാണുന്നില്ല വളരെ അപകടകരമായൊരു വിഷയമാണ് ഇന്നിപ്പോൾ ബഹുരസാണ് ഓരോരോ അതിഥികൾ പല വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴത്തെ വീട്ടുകാരെ മൊബൈൽ വന്നു അവൻ വീട്ടുകാരെ മൊബൈലായിട്ട് സംസാരിച്ചു പോയ അതിഥിക്ക് അപ്പോഴത്തേക്ക് മൊബൈൽ ഫോൺ വന്നു അവൻ അതുമായിട്ട് സംസാരിച്ചു അല്ലേ നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ വെച്ചപ്പം എന്തിനാണ് വീട്ടിൽ പോകാൻ വരികയൊക്കെ ചെയ്യണത് നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ പറഞ്ഞാൽ ശരിയല്ലേ അത്യാവശ്യമായിട്ടൊരാളോട് സംസാരിക്കാതിരിക്കുമ്പോഴത്തേക്കും അത് കേത് മണിയടിച്ചു മണിയടിക്കാൻ പാട്ടുപാട് വർത്തമാനം പറയുകയെ പേര് വിളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ഞാനത് എടുത്ത് സംസാരിച്ചു പിന്നെ അതുമായിട്ടാണ് ഞാൻ മറ്റൊരാളുടെ വീട്ടിൽ പോയതാണ് അയാളോട് സംസാരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന് അയാൾക്കും ഇല്ല എൻ്റെ വീട്ടിലൊരാൾ വന്നിരിക്കുകയാണ് വന്നാലോട് സംസാരിക്കേണ്ടതാണെന്ന് അയാൾക്കും ഇല്ല ഇതെപ്പോൾ തുടങ്ങിയതാണ് ഈ രോഗമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നോ നമ്മൾ ചിന്തിക്ക നമ്മളൊരാളെ ആശ്രമത്തിൽ വന്നു നമ്മൾ വളരെ തിരക്കിട്ടൊരു പണി ചെയ്തുകൊണ്ടിരിക്കാം വളരെ തിരക്ക വളരെ തിരക്കിട്ട പണിയാണ് ഇയാൾ കാണാൻ വേണ്ടി വന്നതാ ആ വളരെ തിരക്കിലാണ് കേട്ടോ എന്നാലും സംസാരിക്കാം അല്പനേരമേ ഉള്ളൂ അപ്പോൾ ഇയാൾക്ക് ഫോൺ വന്നു ഇയാൾ സംസാരിച്ചു അയാൾ സംസാരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും വന്നു വീണ്ടും സംസാരിച്ചു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇയാൾ നോക്കിക്കൊണ്ടിരുന്നു അത് ഞാൻ സാമി പിന്നെ ഒന്നുമില്ല ഞാൻ പോയിട്ട് വരുമോ അല്ല സമയം കഴിഞ്ഞാൽ അല്ലാണ്ട് വലിയ സമയം കൊടുക്കാൻ പറ്റുമോ പോയിട്ട് വരൂ ആ പതിനഞ്ച് മിനിറ്റ് നേരം അയാൾക്ക് എന്താ പറയണെച്ചാൽ പറയാനും കേൾക്കാനും സന്നദ്ധനായിട്ട് നമ്മളിരുന്നു നമ്മളെല്ലാ പണിയും മാറ്റി വെച്ചിരുന്നു ഈ പതിനഞ്ച് മിനിറ്റും അയാൾക്ക് ഫോൺ വന്നുകൊണ്ടിരുന്നു അപ്പൊ അയാൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാമിക്കൊരു പണിയില്ലാത്ത ആള് ആ പിന്നെ സ്വാമി എനിക്ക് വേണ്ടി ക അത് നടപ്പില്ല സത്യമല്ല പോയിട്ട് വരൂ സന്തോഷം നീ ഒക്കെ വെച്ച സമയം കഴിഞ്ഞു അല്ല സ്വാമി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ കുറെ നേരം ചിലപ്പോൾ പുറത്തു പോയി പറയും ചിദാനന്ദപുര സായും മഹാദുഷ്ടനാട്ടോ ഒരു വൃത്തികെട്ടാളാണ് അയാൾ എന്ത് പറഞ്ഞാലും നമുക്ക് കൊള്ളാം അയാൾക്ക് മാത്രം തിരക്ക് നമുക്കൊരു തിരക്കില്ല അത് പറ്റുമോ വ്യവഹാരം ശീലിക്കുക പൊതുവെ നമ്മുടെ കുട്ടികള് ഇന്ന് സ്തബന്മാരായി വരുന്നത് കണ്ടില്ലെന്ന് നടിക്കരുത് ലോകവുമായി മുഴുവൻ ബന്ധപ്പെടുന്ന നമ്മൾ നമ്മുടെ സമീപവും വ്യവഹാരവും മറന്നു പോകുന്നു സ്തബ്ധന്മാരായി പോകുന്നു അങ്ങനെ താമസികന്മാരായി കഴിഞ്ഞാൽ അതിൻ്റെ പരിണാമം മോഹമാണ് ശരിയും തെറ്റും തിരിച്ചറിയാത്ത മോഹത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടും വളരെ ശ്രദ്ധേയമായൊരു ആവശ്യം ഇപ്പോഴത്തെ മാർപ്പാപ്പ അടുത്ത് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്തു അദ്ദേഹം യുവാക്കളോട് യുവജനങ്ങളോട് പറഞ്ഞു ദേവ ഇത് മക്കളെ ഇതിനടിമയാവല്ലോ നിങ്ങൾ ഐഫോൺ മാറ്റി വെക്കോ മുമ്പിലുള്ളവന്റെ നേർക്ക് നിന്റെ അയി പതിയട്ടെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് കാരണം ലോകത്തിന്റെ വിപരീത ഗതി കാണുന്നവർക്ക് മനസ്സിലാവും ഇതൊരു തരത്തിലുള്ള സ്തബത്വം വന്നാൽ എല്ലാ തരത്തിലും സ്തബ്ധരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോയിക്കൊള്ളൂ റോഡിൽ നടക്കുന്ന രീതി വാഹനം വരുമ്പോൾ മാറുന്ന രീതി മറ്റുള്ളവർ താൻ താൻ എങ്ങനെ പങ്കുവെക്കണം സാമൂഹിക ബന്ധങ്ങൾ എന്നുള്ള രീതിയായാലും മുതിർന്നവരോട് പെരുമാറുന്ന രീതിയായാലും ഒക്കത്തിൽ ഒരു സ്തബ്ധം വരുന്നു ചിന്തിക്കുക എനിക്ക് എന്റെ വഴി എനിക്ക് എന്റെ കാര്യം മറ്റൊരാളുടെ ഒന്നും ഒരു പ്രശ്നമല്ല താമസികനാണ് ഷഠൻ ഷൻ പറഞ്ഞാൽ അതിന് തർജമ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മള് ഷാഡ്യം ഷഠൻ എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ എന്തുകൊണ്ടാന്നറിയില്ല ഭഗവാൻ ഭാഷ്യകാരൻ ഷഢൻ എന്നുള്ളതിനർത്ഥം പറയുമ്പോ മായാവി എന്ന് പറയും മായാവി എന്താന്ന് അങ്ങനെ പറഞ്ഞെന്നറിയില്ല കാരണം ഷഠൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മായാവി അർത്ഥം ഒരു ഷഠൻ ആയിട്ടുള്ള എന്താ പറയുക ഠൻ തന്നെന്താ കാരണം ഷാഠ്യം എന്നൊക്കെ നമ്മൾ ഷഠന്റെ ഭാവത്തെ കുറിച്ച് പറയാറുണ്ട് ഞാൻ പിടിച്ച മൊയലിനും മൂന്ന് കൊമ്പ് അതാണ് മൊയലിന് കൊമ്പുണ്ടേ അതൊന്നും ചോദ്യമില്ല അങ്ങനെ തന്നെയാണ് ഷഢസ്വഭാവം മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നില്ല അയാൾക്കറിയില്ല അതുപോട്ടെ എന്നാൽ വേറൊരാൾ പറയുന്നത് കേൾക്കണ്ടേ അതുമില്ല ഇതാണ് ശഢസ്വഭാവം പക്ഷെ ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ മായാവി എന്ന് പറയുന്നു മായാവി എന്ന് പറഞ്ഞാൽ പുറമെ ഒരു പ്രകാരം തന്നെ പ്രദർശിപ്പിച്ച് ഉള്ളുകൊണ്ട് വേറെ പരിപാടി ഒപ്പിക്കുന്നവനാണ് മായാവി ബഹിർ അന്യഥ ആത്മാനം പ്രകടീകൃതി അന്യഥൈവ വർത്തനം അതാണ് മായാവിത്വം ഉള്ളിലൊരു ജാതി ഉണ്ടാവും പുറത്ത് വേറെ ജാതി കാണിക്കും നൈഷ്കൃതിക നൈഷ്കൃതിക എന്ന് പറഞ്ഞാൽ ചെയ്തതിനെ തന്നെ നശിപ്പിക്കുന്നവൻ അവനവൻ ചെയ്തതിനെയും മറ്റുള്ളവർ ചെയ്യുന്നതിനെയും നശിപ്പിക്കുക അവൻ അവൻ്റെ വിവരമില്ലായ്മ കൊണ്ട് അവൻ്റെ ആലോചനാശൂന്യത കൊണ്ട് അവൻ തന്നെ കഷ്ടപ്പെട്ട് ചെയ്തതിനെയും മറ്റുള്ളവർ ചെയ്യുന്നതിനെയും അവൻ നശിപ്പിക്കും നൈഷ്കൃതിക സ്വഭാവമുള്ളൊരു അമ്മയെയും മകളെയും പരിചയപ്പെട്ടിരുന്നു ഒരു കുറച്ചു ദിവസം ആശ്രമത്തിൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസമല്ല തന്നെ ഉണ്ടായിരുന്നു ഈ അമ്മ ഒരു ആസ്മാ രോഗിയാണ് ഒറ്റയ്ക്കുള്ളു അമ്മയ്ക്ക് മോളും മോൾക്ക് അമ്മയെ ഉള്ളു വേറെ ആരുല്ല കഷ്ടപ്പെട്ട് മകളുടെ കല്യാണാലോചന നടത്തും മകള് വലിയ വിദ്യാഭ്യാസം ഉള്ളവളാണ് വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവളാണ് വളരെ കഷ്ടപ്പെട്ട് മകളുടെ വിവാഹാലോചന ഈ അമ്മ പാപം പോയി അവിടെ ഇവിടെയും പോയി പറ്റുന്നൊരു ബന്ധം വേണ്ടേ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ പറ്റുമോ കാരണം അച്ഛനായിട്ടും അമ്മയായിട്ടും താൻ തന്നെയുള്ളു ഇത്ര കഷ്ടപ്പെടുന്ന ഒരു അമ്മ അങ്ങനൊരു കല്യാണാലോചന സെറ്റായി വരും ഏകദേശമൊക്കെയായി നിശ്ചയത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ അമ്മ ചെറുക്കനോട് പറയും മോനെ സംഗതി എൻ്റെ മോള് തന്നെയാണ് പക്ഷെ ഞാൻ നീയായിട്ട് പരിചയപ്പെട്ടതുകൊണ്ടും എന്നോടൊരു സ്നേഹം തോന്നിയത് കൊണ്ടും പറയുകയാണ് എൻ്റെ മോള് കുറച്ച് മോശമാണ് സ്വഭാവം കുറച്ച് മോശമാണ് അതങ്ങ് നഷ്ടം പിന്നെ ഉണ്ടാവില്ല പിന്നെ ആരോധ കല്യാണത്തിന് ഇത് കഴിഞ്ഞ് അമ്മ കരച്ചിലും പിടിച്ചിലും ബഹളമായിട്ട് എൻ്റെ മോളുടെ കല്യാണം നടന്നില്ല എന്ത് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയും ഇത് കഴിഞ്ഞ് വീണ്ടും പാപം ഒരുങ്ങി പുറപ്പെട്ട് അവിടെ എവിടെയൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് പറ്റിയൊരു ബന്ധം കണ്ടെത്തും അതിന് വലിയ സാമർഥ്യാണ് അവർക്ക് അത് ഏകദേശം സെറ്റായി വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അവര് തന്നെ നേരിട്ട് പറയും അല്ലെങ്കിൽ ഉമ്മക്കത്തെഴുതും ഈ കുട്ടി ഇത്ര നല്ലതല്ല എന്നുണ്ട് പല തോന്നിയാസോണ്ടു ീ വിഷയത്തെക്കുറിച്ചൊരു മനഃശാസ്ത്രജ്ഞൻ ചില വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾക്ക് വേണ്ടിയിട്ടാണ് അവരാശ്രമത്ത് പറഞ്ഞിരുന്നത് നമ്മൾ ഈ മോളോട് പറഞ്ഞു നിന്റെ കല്യാണം കഴിയണമെങ്കിൽ അമ്മ മരിക്കണം അല്ലാണ്ട് നടക്കാൻ പോകുന്നില്ല അവർ ഒപ്പം അവർ നീ നിന്റെ വാർഡിന് പോകണം രണ്ടേ ഉള്ളു അല്ലെങ്കിൽ കല്യാണം വേണ്ടിയിക്കണം വെൽക്കം ടു ഹാലി കമ്പനി ഏതായാലും പറഞ്ഞ ഈ അമ്മ മരിച്ചു രണ്ട് മാസം കൊണ്ട് മുകളുടെ കല്യാണവും നടന്നു സന്തോഷമായി ജീവിക്കുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കിയത് ഇവിടെ അമ്മയെ നമുക്ക് കുറ്റം പറയാനൊക്കില്ല കാരണം എൻ്റെ മകളുടെ സ്നേഹം മറ്റൊരാൾ പങ്കുവയ്ക്കാൻ പാടില്ല മറ്റൊരാൾക്ക് പങ്കുവെക്കപ്പെടരുത് എൻ്റെ മകളുടെ സ്നേഹം എനിക്ക് മാത്രം സ്നേഹത്തിൻ്റെ ആധിക്യമാണ് പക്ഷെ ആ സ്നേഹം താമസിക സ്നേഹമാണ് സാത്വിക സ്നേഹമല്ല ഇങ്ങനെ നിരവധി പേരുണ്ടോ എന്നാലേ വളരെ വളരെ വിഷമം പിടിച്ചൊരു കേസ് കൈകാര്യം ചെയ്യേണ്ടി വന്നിരുന്നു മകന്റെ ഭാര്യയെ മകളായിട്ടോ മരുമകളായിട്ടോ മകന്റെ ഭാര്യയായിട്ടോ അംഗീകരിക്കാൻ പറ്റാത്ത ഒരമ്മ അവരുണ്ടാക്കി തീർക്കണപ്പല്ല അപ്പം ഓ അവണൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയും സമാധാനായിട്ട് പോയി ആ കുട്ടി അത്രേം പറയാൻ പറ്റും ചെയ്യണം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല പൊതുവേദി പറയാൻ കൊള്ളില്ല അങ്ങനത്താണ ചെയ്യണത് സ്നേഹം ഇല്ലായ്മ കൊണ്ടല്ലാതെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ് കാരണം എൻ്റെ മകൻ്റെ സ്നേഹം വേറൊരുത്തിയായി പങ്കുവെക്കപ്പെടരുത് എൻ്റെ മകൻ്റെ സ്നേഹനോട് മാത്രം അതിന് എന്തൊക്കെയാ അപ്പം അവർ ചെയ്യാന്ന് കണക്കില്ല ഇത് വലിയ പ്രശ്നമാണ് അപ്പോ ഇതാണ് നൈഷ്കൃതിക താൻ തന്നെ ചെയ്തതിനെ താൻ തന്നെ ഇല്ലാണ്ടാക്കുക മറ്റുള്ളവർ ചെയ്തതിനെ താൻ ഇല്ലാണ്ടാക്കുക ഇതൊരു കർത്തൃദോഷമാണിത് ഇത് താമസിക ഭാവമാണ് അവരങ്ങൾ ദുഷ്ടന്മാരിൽ നിന്നങ്ങ് വിളിച്ചേക്കരുതേ ഒരു പല ദുഷ്ടതയും ചെയ്യും മകളുണ്ടാക്കണം കറിയിൽ കൊണ്ടുപോയിട്ട് മുളകോ ഉപ്പ് കൂടാനൊക്കെ അവർ മലണമെനക്കെടും പല പണിയും ചെയ്യും പക്ഷെ ദുഷ്ടന്മാരെനിന്ന് വിളിച്ചേക്കരുത് മാനസിക പ്രശ്നമായി താമസിക കർത്താവ് ആ പ്രശ്നം നൈഷ്കൃതിക അലസഹ അലസൻ ഒരു പണിയും ചെയ്യാനില്ല അങ്ങനെ അലസനായിരിക്കും നമുക്കറിയാം അലസ്യം വിഷാദി ദീർഘസൂത്ര വിഷാദി വിഷാദിച്ചിരിക്കുന്നവൻ അയ്യോ എനിക്കത് സാധിച്ചില്ലല്ലോ എനിക്കിത് സാധിച്ചില്ലല്ലോ എനിക്ക് അങ്ങനെ സാധിച്ചില്ലല്ലോ അന്ന് ഞാൻ മെഞ്ഞാന്ന് ഞാൻ ഇരുന്ന് പഠിക്കണം എന്ന് വിചാരിച്ചതാ സാധിച്ചില്ലല്ലോ നീ ഇപ്പ ഇരുന്ന് പഠിക്കടേ പലർക്കും രാവിലെ നാലു മണിക്ക് എണീറ്റ് പഠിക്കണം എന്ന് വിചാരിച്ചതാണ് സ്വാമി ഉറങ്ങിപ്പോയി ആറു മണിവരെ എന്ത് ചെയ്യും വിഷാദിച്ചിരിക്കുമണിക്ക് ഉടർന്നില്ലേ അരമണിക്കൂറാണെ അരമണിക്കൂർ പഠിക്ക് ഞാൻ അത് ചെയ്യണം എന്ന് വിചാരിച്ചത് സാർന്നില്ല ഇങ്ങനെ വിഷാദിച്ചിരിക്കും ധാരാളം പരി നമുക്ക് കാണാൻ പറ്റും ദീർഘസൂത്ര ദീർഘസൂത്ര ഞാൻ അത് ചെയ്യും മറ്റന്നാൾ ഇത് ചെയ്യും അതിന്റെ പിറ്റേ ഇങ്ങനെ ചെയ്യും ഇത് ഞാനെ കണക്കൂട്ടിരിക്കും ചെയ്യില്ല അത് വേറെ കാര്യം അവൻ്റെ സംഗതി ഇതേ ദീർഘപ്രസാരണം ചെയ്യ ചെയ്യാനുള്ള കർത്തവ്യങ്ങളെ ദീർഘപ്രസാരണം ചെയ്യ അതിന്റെ കൊഴപ്പാ ദീർഘസൂത്രത്വം ദീർഘസൂത്രി അത്യന്ത മോഹഗ്രസ്തനായിത്തീരുന്നു മഹാഭാരതത്തിൽ ഒരു ദീർഘസൂത്രിയെ വരച്ച് കാണിച്ചിട്ടുണ്ട് ഒരാള് ഉള്ള പൈസയൊക്കെ സ്വരൂപിച്ച് രണ്ട് കാളകുട്ടികളെ മേടിച്ചു അവൻ്റെ പേരാണ് മങ്കി മങ്കി ഇംഗ്ലീഷിലല്ല സംസ്കൃതത്തിലസ്കൃതത്തിൽ എന്താ അർത്ഥം ചോദിച്ചേക്കുന്നത് ഒരാളുടെ പേര് ഇത്രയേ ഉള്ളൂ അർത്ഥം തന്നെ ചോദിച്ചേക്കരുത് അവരുടെ പേരാണ് മങ്കി അപ്പം മങ്കിയുള്ള പൈസയൊക്കെ കൊണ്ട് സ്വരൂപിച്ച് രണ്ട് കാളക്കുട്ടികളെ മേടിച്ച് നല്ല ശാപ്പാടൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തുകയാണ് അങ്ങനെയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നു മക്കള് വണ്ടി വലിക്കുകയാണെങ്കിലും കരി ഉഴുവാണെങ്കിലും മുഖം കെട്ടി ശീലിപ്പിക്കണം അതിനഭ്യാസം വേണം രണ്ടാണെങ്കിലും വണ്ടി വലിക്കുകയാച്ചാൽ കൂടുതൽ അഭ്യാസം വേണം അപ്പൊ ഇയാള് ഈ രണ്ട് കാളയ്ക്കും മുഖം കെട്ടി ഇങ്ങനെ നടത്തുകയാണ് ശീലിപ്പിക്കുക പരിശീലനമാണ് നല്ല അഭ്യാസം വന്നാലേ വണ്ടി വലിപ്പിക്കാൻ പറ്റും നല്ല അഭ്യാസം വന്നാലേ കരി വീഴാൻ പറ്റൂ അങ്ങനെ ഇയാള് ഇതിനെ കൊണ്ട് നടക്കുമ്പോൾ ദീർഘസൂത്രത്വമാണ് ഇപ്പോൾ ഇവർ നല്ല ആരോഗ്യമുണ്ട് ഞാൻ പോറ്റിയാൻ ഒക്കെ നല്ല ഒരു ഒരു സുഖമായിട്ടുള്ള ആരോഗ്യമുണ്ട് അപ്പോ ഇത് ഏറെ താമസിക്കാതെ ഒരു വണ്ടിക്ക് കൂട്ടാൻ പറ്റും അങ്ങനെ വണ്ടിക്ക് പൂറ്റിയാൽ എനിക്ക് ഇത്ര രൂപ വെച്ച് ഒരു ദിവസം കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇത്ര രൂപയാവും അതിലിപ്പോൾ എത്ര രൂപ ഞാൻ ചിലവിനെടുത്താൽ ബാക്കി ഇത്ര അപ്പോൾ അങ്ങനെ രണ്ട് മാസം കൊണ്ട് എനിക്ക് പുതിയ രണ്ടെണ്ണത്തിന് അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അതിന് ഇതിനേക്കാൾ കിട്ടും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഇത് വഴിയിലൂടെ അങ്ങ് നടന്നു പോവുകയാണ് ഇപ്പോൾ റോഡിൽ ഒരൊട്ടകം വിശ്രമിക്കുന്നുണ്ട് ഈ കാളക്കുട്ടികൾ അപ്പുറത്തു കൂടെ ഇപ്പുറത്തു കൂടെയും പോയി ഒട്ടകത്തിന്റെ ഉടനെ ഒട്ടകം പേടിച്ചേൽക്കല് ബാക്കി പറയണ്ടല്ലോ ഇത്ര പറഞ്ഞാ മതി മുഖം കെട്ടിയ കാളക്കുട്ടികളാ ഒട്ടകത്തിന്റെ അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ അവർ പോയി ഒട്ടകം ഭയപ്പെട്ട് ചാടി എഴുന്നേറ്റു ഇപ്പൊ എന്താ സ്ഥിതി ഒട്ടകം അതിൻറെ കഴുത്ത് തൂങ്ങി കിടക്കുന്ന ഒരു വ വടി അതിന് രണ്ടറ്റത്ത് തൂങ്ങി കിടക്കുന്നു കാളക്കുട്ടികൾ അവർ പൊട്ടിക്കാൻ തുടങ്ങി ശ്വാസം മൂട്ടിയിട്ട് ഒട്ടകം പരിഭ്രമിച്ചു ഓടാനും തുടങ്ങി ഒട്ടകം ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാല സ്ഥിതി എന്താ രണ്ടും ചത്തു രണ്ടു കാളക്കുട്ടികളും ചത്തു തൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയി മങ്കി താടിക്ക് കൈ കൊടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞു കാമ ജാനിതേ മൂലം സങ്കൽപ്പാത്വം ഹി ജായസേ ഭവിഷ്യസി കാ നീ എവിടുന്നണ്ടാവണമെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി സങ്കല്പത്വം ഹിജായസി നീ സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു നത്വം സങ്കല്പയ്യാമി നിന്നെ ഞാൻ സങ്കല്പിക്കാൻ പോണില്ല തേനമേന ഭവിഷ്യസി അതുകൊണ്ട് നീ എനിക്കുണ്ടാവില്ല എന്ന് വലിയൊരു തത്വചിന്ത മങ്കീറിന് ചെയ്തു സ്വയം സമാധാനിച്ചു അതുകൊണ്ട് കാമനൊരിക്കലും എന്നെ ബാധിക്കില്ല ഇനി എനിക്ക് കാമുണ്ടാവില്ല എന്നങ്ങട്ട് നിശ്ചയിച്ചു എന്തുകൊണ്ട് സങ്കല്പത്തിൽ നിന്നാണ് കാമമുണ്ടാവുന്നത് അത് സങ്കല്പത്തിൽ നിന്നാണ് കാമുണ്ടാവുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവെ കണ്ടു സങ്കല്പിക്കാൻ തുടങ്ങി അണകൊള്ളാമല്ലോ അതൊരു കേടില്ലല്ലോ അതൊരു കേടില്ലല്ലോ അത് കാമമായി ത്വം സങ്കല്പേഷ്യാം ഞാൻ സങ്കല്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കുണ്ടാവില്ല എന്ന് പ്രസിദ്ധമായ മങ്കിഗീതയാണിത് മങ്കിഗീത വരുന്നത് മഹാഭാരതത്തിലാണ് പക്ഷെ മങ്കിക്ക് ഗീത പറയാൻ തൻ്റെ രണ്ട് കാളക്കൂട്ടി ചാവണ്ടി വന്നു ഇതാ താമസിക കർത്താവിൻ്റെ ഫലം ദീർഘസൂത്രത്വം അപ്പോൾ നമുക്ക് സുഖമാണ് കർമ്മത്തിലൂടെ വേണ്ടതെങ്കിൽ രണ്ട് വിഷയം ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ കർമ്മവും സാത്വികമാവുക കർത്താവും സാത്വികമാവുക കർമ്മവും കർത്താവും സാത്വികമാകുമ്പോൾ സുഖം പരിണാമമായി വരും അപ്പൊ ഇത് ശരിക്കും അപഗ്രഹിക്കുമ്പോ നമ്മളിൽ രാജസിക കർത്താവും താമസിക കർത്താവും ഒക്കെ കുറച്ച് കുറച്ച് ഇടകലർന്നിട്ടുണ്ടാവും അതിന് വിരോധമില്ല അതിന് ഒരു അർത്ഥമില്ല ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ സ്വയം ശപിക്കരുത് തന്നെ സ്വയം വില കുറഞ്ഞ് കാണരുത് എൻ്റെ ഉള്ളിൽ താമസിക കർത്താവുണ്ടല്ലോ ആവട്ടെ അതിനെന്താ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ രാജസിക കർത്താവുണ്ടല്ലോ ആവട്ടെ അതിനെന്താ പക്ഷെ ഞാൻ ബോധപൂർവമായ പരിശ്രമത്തിലൂടെ കർത്ത് കർമ്മം ഫലഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ വിചാരം ചെയ്തു എന്നെ സ്വയം ക്രമീകരിക്കും എന്തുകൊണ്ടെന്നാൽ എന്നെ ക്രമീകരിക്കാനേ എനിക്ക് സാധിക്കൂ ഈ ക്രമീകരണം സാധിക്കണമെങ്കിൽ നിഷ്പക്ഷമായി നോക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം അങ്ങനെ നമ്മളെ സ്വയം വിലയിരുത്തുക എന്നിട്ട് കർമ്മവും കർത്താവും സാത്വികമാവുക അപ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം സുഖം എന്നുള്ള പരിണാമമാകും ഇതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായി പറഞ്ഞാൽ സംശയങ്ങളൊന്നും ഇല്ലാച്ചാൽ വിഷയം വേറെ ദിശയിൽ തുടരും സംശയം വല്ലതുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അത് ചർച്ച ചെയ്യാം ഇല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് കിടന്നാൽ പിന്നെ അത് ഇതിപ്പോ ഏഴ് ദിവസം കൊണ്ട് അല്ല എഴുന്നൂറ് ദിവസം കൊണ്ട് തീരില്ല അത് വേറെ വിഷയം കർമ്മം എന്നുള്ളത് വല്ലാത്തൊരു മേഖലയാണ് ഗനാ കർമ്മണോ ഗതി കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞ് ശ്രദ്ധിക്കുണ്ട് വരട്ടെ കർമ്മത്തെ കുറിച്ച് പല പല പല തലങ്ങളിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ഈ സംശയ നിവാരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു വിഷയം പറയാം പ്രഭാഷണ യജ്ഞം മുൻ വർഷമുണ്ടായി എല്ലാവരുടെയും സങ്കല്പത്തിനനുസരിച്ച് തുടർന്നും നടക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പം അതിൽ പരസ്പരം ബന്ധപ്പെടാനും അറിയിക്കാനും അറിയാനും ഒക്കെ സൗകര്യമാവും ഇതിൽ പങ്കെടുക്കുന്നവരുടെ ഒരു വിവരം ആശ്രമത്തിലുണ്ടെങ്കിൽ അത് സ്വരൂപിക്കാൻ വേണ്ടി ഒരു ഒരു കടലാസ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും അതിൽ പേരും വിലാസം തുടങ്ങി അതിൽ ആവശ്യപ്പെട്ട രേഖകൾ ഒന്ന് എഴുതി കൊടുത്താൽ നന്നായിരിക്കും എന്നാൽ ആശ്രമത്തിലെ വിവരങ്ങൾ നിങ്ങൾ അറിയേണ്ടതറിയും അതുപോലെ ഇവിടെ പ്രത്യേകിച്ചും ഈ ഭാഗത്തുള്ള കാര്യക്രമങ്ങൾ പ്രത്യേകിച്ചും അറിയും എല്ലാരും സഹകരിച്ചാൽ നല്ലത് അവിടുന്ന് ഫോറം മേടിക്കാം പൂജിപ്പിക്കാം ഇന്നെ കൊടുക്കാം ഇല്ലെങ്കിൽ നാളെ കൊടുക്കാം അതുപോലെ മുൻപിവിടെ അദ്വൈതാശ്രമം സത്സംഗം മാസികയെ കുറിച്ച് പറയുകയുണ്ടായി വലിയ ഒരു സങ്കല്പത്തോടു കൂടിയാണത് ആരംഭിക്കുന്നത് ശുദ്ധമായ വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രചരണത്തിനും ശക്തമായ സനാതനധർമ്മത്തിൻ്റെ ശബ്ദമായും അത് ഉയരണം എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ അത് വിജയിപ്പിക്കാൻ കഴിയും ആ വിഷയം കൂടി പറയുന്നു സ്വാമിജി ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പനല്ല ശാസ്താവിനാണ് പൂജ അർപ്പിക്കുന്നത് എന്ന് കേട്ടു ഇത് ശരിയാണോ അയ്യപ്പൻ ശാസ്താവ് ഈ സങ്കല്പങ്ങൾ എന്താണ് വിഗ്രഹത്തിന്റെ രൂപവും കാനനത്തിൽ മലമുകളിൽ ഉള്ള നിർമ്മിതിയും വിലയിരുത്തി ശബരിമല ബൗദ്ധക്ഷേത്രമാണെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് ഇതിൽ വല്ല വാസ്തവവും ഉണ്ടോ പല പ്രശ്നങ്ങളാണ് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പനല്ല ശാസ്താവിനാണ് പൂജ അർപ്പിക്കുന്നത് എന്ന് കേട്ടു ഇത് ശരിയാണോ മനസ്സിലാക്കിയെടുത്തോളം ും പൂജയും എല്ലാം ശാസ്താവിനാണ് അയ്യപ്പൻ എന്നൊരു ദേവതാ വിശേഷം ഒന്നുകിൽ ശാസ്താവിൻ്റെ ഒരു ഭാവമായിട്ടായിരിക്കണം അല്ലെങ്കിൽ ശാസ്ത്രാവിൽ വിലയം പ്രാപിച്ച ഒരു മഹാൻ എന്ന ഭാവത്തിലായിരിക്കണം ഏതായാലും പൂജ ശാസ്ത്രാവിനാണ് ധ്യാനം ശാസ്ത്രാവിൻ്റെതാണ് മന്ത്രം ശാസ്ത്രാവിൻ്റെതാണ് എപ്രകാരം നമ്മുടെ നാട്ടിൽ ധാരാളം വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ടാവും ഉണ്ടാവും നല്ല ഉണ്ട് മത്സ്യം കൂർമ്മം പ്രാഹം നൃസിംഹം വാമനം അതുപോലെയുള്ള രാമൻ രാമൻ കൃഷ്ണൻ അങ്ങനെയുള്ള എല്ലാ ദേവതകളും ഭേദങ്ങളും അവതാര ഭേദങ്ങളെന്ന് പറയാം ഭാവഭേദങ്ങളെന്ന് പറയാം ഇവിടെയൊക്കെ തന്നെ നാരായണനാണ് മന്ത്രം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ മനുഷ്യരൂപത്തിലായാലും കൂർമ്മരൂപത്തിലായാലും വരാഹരൂപത്തിലായാലും നരസിംഹ രൂപത്തിലായാലും നരസിംഹമാണ് മൂർത്തി നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് ബോർഡ് വെച്ചു പക്ഷേ മന്ത്രം എന്തായിരിക്കും ഓം നമോ നാരായണായ കാരണം നാരായണന്റെ ഒരു ഭാവമായിട്ട് നരസിംഹത്തെ കണ്ടു നാരായണന്റെ ഒരു ഭാവമായിട്ട് കൃഷ്ണനെ കണ്ടു പരശുരാമ പ്രോക്തമായ തന്ത്രവിധാനത്തിനനുസരിച്ച് കാര്യം നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്ന കേരളത്തിൽ പ്രായണ പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ തന്ത്രവിധാനം അനുസരിച്ചാണ് പൂജാതി കർമ്മങ്ങൾ അവിടെ അടിസ്ഥാന കർമ്മങ്ങളൊക്കെ തന്നെ തന്ത്രസമുച്ചയത്തിൽ സമാഹൃതമാണ് തന്ത്രസമുച്ചയത്തിൽ സമാഹൃതമല്ലാത്ത ചില വിഷയങ്ങൾ ശേഷ സമുച്ചയത്തിലും പറഞ്ഞിട്ടുണ്ട് അതിൽ ദുർലഭം ചില ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുണ്ട് മറ്റെല്ലായിടത്തും ഓം നമോ നാരായണായ എന്ന് തന്നെയാണ് അപ്പോൾ എപ്രകാരമാണോ വിഷ്ണുവിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾക്ക് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ശിവൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾക്ക് ഓം നമശിവായ പല ദേവതകളായിരിക്കും പല ദേവതാ ഭേദങ്ങളാണെങ്കിലും ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ പലയിടത്തും പലപ്പോഴും ഓം നമശിവായ എന്ന് വരുന്നു അതുപോലെ അയ്യപ്പനെന്ന ദേവതാവിശേഷത്തിന് ശാസ്ത്രാവിനാണ് പൂജ ശാസ്ത്രസങ്കല്പമാണ് ശാസ്താവിന്റെ ബ്രഹ്മചാരി ഭാവമായിട്ടാണ് അയ്യപ്പനെ ഗണിച്ചു സാധാരണഗതിയിൽ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ശാസ്താവ് പതിവുണ്ട് ഏറെക്കുറെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ശാസ്താവ് കേരളത്തിൽ പതിവുണ്ട് ആ ശാസ്താവ് ഏറെയും തൻ്റെ രണ്ട് പത്നിമാരോട് കൂടിയുള്ള ശാസ്താവാണ് അതുകൊണ്ട് തന്നെ അവിടെ മധ്യത്തിൽ ശാസ്ത്രഭാവവും അപ്പുറവും ഇപ്പുറവും പത്നിഭാവവുമുള്ള മൂന്ന് കുഴയായിട്ടാണ് പ്രതിമ ഉണ്ടാവുക വിഗ്രഹം ഉണ്ടാവുക ഈ ശാസ്താവ് നമുക്ക് കുറച്ചൊന്നുമല്ല ഗുണം ചെയ്തത് അന്താ സ്വാമി ശാസ്താവ് നമുക്ക് ഇത്ര വലിയ ഗുണം ചെയ്തത് മറ്റ് ശൈവ വൈഷ്ണവ സംഘടന നടന്നപ്പോഴും കേരളത്തിൽ ശൈവ വൈഷ്ണവ സംഘടന നടന്നില്ല കാരണം ശൈവ ശൈ വൈഷ്ണവ സമന്വയ ഭാവമായിട്ടാണ് ശാസ്ത്രാവിനെ പൂജിച്ചു വന്നത് അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ നല്ല് ഏറെ ഉണ്ടായിട്ടില്ല അതിനുള്ള എല്ലാ കൃതജ്ഞതയും നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ശാസ്ത്രാവിനാണ് ശാസ്താവിൻ്റെ ഒരു ഭാവമായിരിക്കാം വയ്യപ്പൻ പക്ഷെ ഇന്നിപ്പോൾ ഒരു വൈപരീത്യം എന്താ ഉണ്ടാവുന്നു വെച്ചാൽ അയ്യപ്പൻ പ്രസിദ്ധനായിപ്പോയി അയ്യപ്പൻ പ്രസിദ്ധനായതോടുകൂടി ശാസ്താവിൻ്റെ സ്ഥാനമൊക്കെ മാറ്റി ഒക്കെ നവീകരണം നടത്തുമ്പോഴൊക്കെ അയ്യപ്പനാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായം ഇന്ന് വ്യാപകമായി കണ്ടുവരണുണ്ട് ശാസ്താവ് നമുക്ക് വേണ്ട അയ്യപ്പനാവാം അങ്ങനെ അയ്യപ്പൻ പ്രസിദ്ധനാകും അയ്യപ്പൻ കുറച്ച് ചില്ലാനോ ഉള്ള ആളാണ് ചില്ലാനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതുകൊണ്ട് ശാസ്താവിൻ്റെ സ്ഥാനത്ത് അയ്യപ്പനെ ഇരുത്തുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ വ്യാപിച്ചു വരുന്നുണ്ട് അതിന് വിരോധം പറയല്ല ഒരു പ്രതിഭാസം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നിരീക്ഷിച്ചത് നിരീക്ഷിക്കപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം അനുകൂലം പ്രതികൂലം ഒന്നും പറഞ്ഞിട്ടില്ല ഇനി അതേപോലെ ഒന്നും ആരും കയറി ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ശാസ്താവ് അയ്യപ്പനോ ഒന്നുതന്നെ അവർക്ക് അയ്യപ്പനെ വെച്ചോട്ടെ എന്നാലും ഇങ്ങനൊരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇനി പറഞ്ഞതുപോലെ ശാസ്താവിൻ്റെ ഒരു ഭാവം എന്നല്ലാതെ അയ്യപ്പനെ ശാസ്താവിൽ വിലയിച്ച ഒരു ഉപാസകനെന്നോ ശാസ്താവിൽ അങ്ങേയറ്റം ഉപാസനാ നിഷ്ഠയോടു കൂടി കഴിഞ്ഞ ഒരു ഭക്തോത്തമനെന്നോ ഒക്കെ ഉള്ള രൂപത്തിൽ വിലയിരുത്തുന്നവരുണ്ട് അങ്ങനെയാലും വിരോധമൊന്നുമില്ല കാരണം പരാഭക്തൻ ഭഗവാൻ തന്നെ അങ്ങനെയാണെന്ന് വെച്ചാലും വിരോധമൊന്നുമില്ല അയ്യപ്പൻ ശാസ്ത്രാവ് ഈ അയ്യപ്പൻ ശാസ്താവ് ഒന്നു തന്നെയാണ് വിചാരം ചെയ്താല് അപ്പൊ പ്രശ്നമല്ലോ ശാസ്താവിന്റെ ഭാവമാണ് അയ്യപ്പനെന്നു പറഞ്ഞാൽ അയ്യപ്പൻ ശാസ്താവ് തന്നെ അയ്യപ്പനാണ് അഞ്ചാണ് അഞ്ചിനും നാഥനാണ് അഞ്ചിനും നാഥനാണ് അവൻ ശാസ്താവാണ് ഒന്ന് സംസ്കൃതത്ത് പറഞ്ഞോ മറ്റേ തമിഴ് പറഞ്ഞു അത്രയേ ഉള്ളു അയ്യപ്പൻ തമിഴ് പറഞ്ഞു ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളുടെ സംഘാതമായിരിക്കുന്ന പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അപ്പൻ നാഥൻ പ്രപഞ്ചനാഥൻ അയ്യപ്പൻ അതിനെ ശാസ്താവ് സകലത്തെയും ശാസനം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ ശാസ്താവ് ഒന്ന് സംസ്കൃതം ഒന്ന് പ്രാചീന മലയാളമെന്നോ അല്ലെങ്കിൽ തമിഴെന്നോ പറയാം അതിന് വിരോധമില്ല അപ്പൊ അവരുടെ വ്യത്യാസമില്ല വിഗ്രഹത്തിൻ്റെ രൂപവും കാനനത്തിൽ മലമുകളിലുള്ള നിർമ്മിതിയും വിലയിരുത്തി ശബരിമല ബൗദ്ധക്ഷേത്രമാണെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് ഇതിൽ വല്ല വാസ്തവവും ഉണ്ടോ വിഗ്രഹത്തിൻ്റെ രൂപത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ബൗദ്ധ പ്രതിമയും അയ്യപ്പൻ്റെ പ്രതിമയും തമ്മിലൊരു ബന്ധവും ഇല്ല ഒരു സാമ്യവുമില്ല ഉണ്ടെന്ന് പറയുന്നവർ ബൗദ്ധപ്രതിമകളെ നല്ലപോലെ നിരീക്ഷിക്കുക ആ ഭാവമേ അല്ല അയ്യപ്പന പിന്നെ കാനനത്തിൽ മലമുകളിൽ കാനനത്തിൽ മലമുകളിൽ മിക്ക ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥലങ്ങളും അധികവും കാനനത്തിൽ മലമുകളിൽ തന്നെയാണ് അതൊക്കെ ബൗദ്ധമാണെന്ന് പറയേണ്ടി വരും പ്രസിദ്ധങ്ങളായത് എടുത്തു നോക്കിക്കോളൂ ഹിമാലയത്തിൽ കേദർനാഥ് ആവട്ടെ ബദരീനാഥാവട്ടെ ഗംഗോത്രി ആവട്ടെ യമനോത്രി ആവട്ടെ അങ്ങനെ അങ്ങോട്ട് വരട്ടെ ണം ക്ലേശിച്ച് ഈശ്വര അന്വേഷണം എന്ന രൂപത്തിൽ മല കയറി കഷ്ടപ്പെട്ട് തന്നെ ദർശിക്കണം അതിനാ ഋഷിമാരൊക്കെ അവിടെ കൊണ്ടു വച്ചത് അതൊരു ക്ഷേത്ര എല്ലാ ക്ഷേത്രങ്ങളും ആ ലോകത്തില് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറിയ ശബരിമലയിൽ ഭക്തർക്ക് നൽകുന്ന സൗകര്യങ്ങളെക്കുറിച്ചും സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ചും സ്വാമിയുടെ അഭിപ്രായം എന്താണ് ഇതിപ്പോ എന്താ ചിദാനന്തപുരം സ്വാമി പറഞ്ഞിട്ട് പ്രയോജനമുള്ള വെറുതെ നമ്മുടെ ഊർജം പോകുന്നല്ലാതെ ഒരു പ്രയോജനമില്ല ആദ്യം നട്ടല്ലെന്നൊരു സാധനം ഉണ്ടാവുക അതിന് വന്ന തേയ്മാനങ്ങളൊക്കെ എന്തെങ്കിലും ഗായകൽപ്പം ചികിത്സയൊക്കെ ചെയ്ത് മാറ്റിയെടുക്കുക എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുക ഉത്തരം അല്ലാതെ എന്ത് പ്രയോജനം കാരണം ഇതൊരു ക്ഷേത്രമല്ല ഏത് ക്ഷേത്രത്തിൽ വരുമാനമുണ്ടോ അതൊക്കെ സർക്കാരിന്റെ അധീനതയിലാണ് എന്നാൽ മുസ്ലിം ആരാധനാലയങ്ങളോ ക്രിസ്ത്യൻ ദേവാലയങ്ങളോ തൊട ഉള്ള ധൈര്യം സർക്കാരിനില്ല അവയെ അതത് മതത്തിന്റെ ഗുണത്തിനുതകും വിധം പ്രവർത്തിപ്പിക്കുന്നു വരുമാനമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെ മുഴുവൻ കൈയടക്കുന്നു ഇവിടെയുള്ള നിയമങ്ങൾ അങ്ങനെയാണ് ഈ നിയമങ്ങൾക്കെതിരായിട്ട് മൊത്തം ഭാരതത്തിൽ ഒരു നീക്കം നടക്കേണ്ടിയിരിക്കുന്നു വളരെ വിഷ് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സുപ്രീം കോടതിയെ സമീപിച്ച് ഒരു സെക്കുലാർ സ്റ്റേറ്റിൽ ഇത്തരം വിപരീത വിവേചനം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിലയ്ക്ക് നല്ലൊരു മൂവ്മെന്റ് നടത്തിയാൽ നിശ്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും എന്നുള്ളതാണ് കാരണം സർവരിലും സമത്വം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൗലികതയ്ക്ക് തന്നെ വിരുദ്ധമാണ് അതിലുപരി സെക്യുലർ എന്നുള്ള സങ്കല്പത്തിന് അത്യന്ത വിരുദ്ധമാണ് ഒരു മതവിഭാഗത്തിൻ്റെ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് കൈ അടക്കി വയ്ക്കുന്നത് ഇക്കണ്ട കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും സർക്കാരിന് കിട്ടുകയാണ് ശബരിമല ഹേതുവായിട്ട് കോട്ടിക്കണക്കുകൾ എന്നിട്ട് അവിടെ ചെല്ലുന്നവരെ പിഴിയാണ് പ്രാഥമികങ്ങളായ സൗകര്യങ്ങൾ പോലും നൽകുന്നില്ല ഓരോ വർഷവും വിശേഷ ഉത്സവ ആരംഭത്തിന് മുൻപായിട്ട് ചില സന്നദ്ധ സംഘടനകൾ പോയി സേവനം അനുഷ്ഠിച്ചില്ലായിരുന്നെങ്കിൽ ബാക്കി പറയുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ മാതാ അമൃതാനന്ദമയ മഠത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ സ്തുത്യർഹമായ സേവനം നടന്നു ഈ വർഷം വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും അയ്യപ്പ സമാജത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സ്തുത്യർഹമായ സേവനം നടന്നു ഇത്തരം സേവനങ്ങൾ ഓരോ വർഷവും ഭക്തന്മാര് പോയി ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ മനുഷ്യനെ അവിടെ പോയിട്ട് വെള്ളം കുടിക്കാനല്ല പ്രസാദം കഴിക്കാനല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാത്ര അഴുക്കും മാലിന്യങ്ങളുമാണ് അത്ര അപകടകരമാണ് സ്ഥിതി അമൃതമായി മഠത്തിലെ ബ്രഹ്മചാരിമാരുടെ നേതൃത്വത്തിൽ സ്വാമിമാരുടെ നേതൃത്വത്തിൽ ശുദ്ധീകരണത്തിന് അവർ പോയതിനു മുമ്പും പോയതിനു ശേഷവും എടുത്ത ഫോട്ടോകൾ കാണാനും വീഡിയോ കാണാനും ഇടയായിട്ടുണ്ട് നേരിട്ട് ഓഹ് എന്തൊരഴുക്ക് ഭഗവാനെ മാലിന്യ കൂമ്പാരം ഇതൊക്കെ ഭംഗിയായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ അവിടുത്തെ വരവ് കൊണ്ട് സാധിക്കും അത്ര കോടി വരവുണ്ട് ആ കോടിക്കണക്കിനായിട്ട് അവിടെ കിട്ടുന്ന വരുമാനം അവിടെ വിനിയോഗിക്കുന്നില്ല എന്നിട്ട് നാണല്ലാണ്ട് ഭക്തം കൊണ്ടുകയും ചെയ്യും പിന്നെയും ഭണ്ടാരത്തിൽ പാവപ്പെട്ട ഒരാൾക്ക് ഒരു അഞ്ചു പൈസ കൊടുക്കില്ല ഒരു വെള്ളം കൊടുക്കില്ല ഒരു മരുന്ന് കൊടുക്കില്ല ഭണ്ഡാരത്തിൽ കൊണ്ടു ഈ രോഗം മാറുക മനുഷ്യന്റെ ശരി കേരള സർക്കാരിൻ്റെ പ്രധാന ധനസ്രോതസ്സുകളാണ് എക്സൈസും ദേവസ്വവും തീർച്ചയായിട്ടും മദ്യവും ക്ഷേത്രവും ഇതിനുള്ള വരുമാനമാണ് പ്രധാന വരുമാന ഇനങ്ങൾ ഈ ക്ഷേത്രത്തിനുള്ള വരുമാനം ഇല്ലാത്ത ട്രഷറി എന്നേ പൂട്ടിയിട്ടുണ്ട് അത് സംശയമില്ല ഇത് പറയുമ്പം ചിലർ പറയും സ്വാമി വെട്ടിത്തം പറയരുത് ദേവസ്വം ഫണ്ട് വേറെ തന്നെയാണ് അക്കൗണ്ട്സ് നോക്കിയാൽ മനസ്സിലാവും ദേവസ്വം ഫണ്ട് വേറെയാണ് ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ള ചില ദുഷ്ടന്മാരിങ്ങനെ സർക്കാരിൻ്റെ അടുത്താണ് ഇതിൻ്റെ പണമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് ദേവസ്വം ഫണ്ട് വേറെ തന്നെയാണ് എന്നവർ പറയും എങ്കിലൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ ശരിയാണ് ഹെഡ് ഓഫ് അക്കൗണ്ട് വേറെ തന്നെയാണ് ക്യാഷ് ഫ്ലോ ആരെടുത്ത ഞാനൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി എൻ്റെ പേരിലാണ് അക്കൗണ്ട് സ്വാമി ചിദാനന്ദപുരി പക്ഷെ ഞാൻ നിക്ഷേപിച്ച പൈസയോ അത് ബാങ്കിൻ്റെ ക്യാഷ് ഫ്ലോയിലാണ് ആ ക്യാഷ് ഫ്ലോ എന്നാണ് അയാൾ ലോൺ കൊടുക്കുന്നത് ആ ക്യാഷ് ഫ്ലോ എന്നാണ് അയാൾ മറ്റു ചിലവ് മീറ്റ് ചെയ്യുന്നത് ഇതുപോലെ ദേവസ്വം ഫണ്ട് പ്രത്യേകം അക്കൗണ്ട് വേറെ തന്നെയാണ് തീർച്ചയായിട്ടും ശരിയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ക്യാഷ് ഫ്ലോ മുഴുവൻ സർക്കാരിലാണുള്ളത് അല്ലാതെ ഹിന്ദു സമാജത്തിലല്ല എന്നാൽ ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല അതുകൊണ്ട് അവർക്ക് ധാരാളം സേവാ അവരുടെ ഓരോ കേന്ദ്രവും കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്താൻ സാധിക്കുന്നു ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമൂഹ സേവാ കേന്ദ്രങ്ങൾ അങ്ങനെ ഒട്ടനവധി ശബരിമലയോട് അനുബന്ധിച്ച് തന്നെ വാവരുടെ സ്ഥാനത്ത് പോയി പണം കൊണ്ടു പണം മുസ്ലിം സമൂഹം കൊണ്ടു അറബി കോളേജ് നടത്തുന്നു യത്തീംഖാന നടത്തുന്നു പല സ്പെഷ്യാലിറ്റി കോളേജുകൾ നടത്തുന്നു അതേ ആൾ തന്നെയാണ് അവിടുത്തെ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പണം ഇടുന്നത് ആ പണം ദേവസ്വം ബോർഡ് കൊണ്ടുപോകും ഒരേ ആളിടുന്ന രണ്ട് സ്ഥലത്ത് ഇടുന്ന പണം രണ്ട് രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്നിട്ട് പറയും എല്ലാം ഒരുപോലെയാണ് സെക്കുലർ ആണ് അതാണ് ഇതാണെന്ന് മധ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയുന്നതിനനുസരിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധ വരുമാനമുള്ള കൂടുതൽ ക്ഷേത്രങ്ങൾ കൈയടക്കുക എന്നതാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും മാത്രവുമല്ല ഭക്തരുടെ കാണിക്കപ്പണ ഹൈന്ദവരുടെ പുരോഗതിക്കായി ഉപയോഗിച്ചും കാണുന്നില്ല ഇത്തരം നടപടികളെ നാം എങ്ങനെ പ്രതിരോധിക്കും ശരിയായ സാമാജിക ബോധം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഇത്തരം അനീതികളെക്കുറിച്ച് വിപരീത വിവേചനങ്ങളെക്കുറിച്ച് നാട്ടിൽ ജനങ്ങളെ ബോധിപ്പിക്കുക സമാജത്തിൻ്റെ ഇച്ഛാശക്തിയെ വളർത്തിയെടുക്കുക ഇതെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലുള്ള നമ്മുടെയൊരു ഒരു നിർവികാര സമീപനം അതാണ് ഇത്തരം ചൂഷണങ്ങൾക്കും വിപരീത വിവേചനങ്ങൾക്കും കാരണമാകുന്നത് എന്ന് തിരിച്ചറിയുക തിരിച്ചറിയിക്കുക വേദത്തിൽ എവിടെയെങ്കിലും വിഗ്രഹാരാധനയ്ക്ക് ഉപോത്ബലകങ്ങളായ വാക്യങ്ങൾ ഉണ്ടോ നേദം യതിദമുപാസതേ നസ്യ പ്രതിമ അസ്ഥി തുടങ്ങിയ അനേകം വാക്യങ്ങളെ കൊണ്ട് വേദവും വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു എന്ന് മുജാഹിദ് ബാലുശ്ശേരി എന്ന ഇസ്ലാമിക പ്രഭാഷകന്റെ വാദം കേൾക്കാനിടയായി ഇത് സത്യസന്ധമാണോ മാത്രമല്ല ഇദ്ദേഹം അമ്പലങ്ങൾ തോറും പ്രസംഗിക്കുകയും അവിടങ്ങളിലൊക്കെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തു ചെയ്യും ഇവിടെ വേദത്തിൽ ദേവതകളുടെ നാമ രൂപ വർണ്ണനകളുണ്ട് ധാരോളം മന്ത്രങ്ങളിൽ വർണ്ണനകൾ പിന്നീട് വേദത്തിൻ്റെ വിശദീകരണങ്ങളായ ഇതിഹാസ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ വേദത്തിൻ്റെ പ്രയോഗങ്ങളായ തന്ത്രങ്ങളിലേക്ക് വരുമ്പോൾ സഗുണസാഗാരമായ ഉപാസനകൾ ധാരാളമായി വർണ്ണിക്കപ്പെട്ടു അങ്ങനെയാണ് ക്ഷേത്രങ്ങളും മറ്റും സ്ഥാപിതമാകുന്നത് വേദം വൈദിക ശാസ്ത്രങ്ങൾ ഇവ നമുക്ക് പ്രമാണങ്ങളാണ് കേവലം വേദമല്ല നമ്മുടെ അടിസ്ഥാനം വേദമാണ് ധർമ്മമൂലം പക്ഷേ വേദത്തിൻ്റെ വിശദീകരണങ്ങളായി ഇതിഹാസ പുരാണങ്ങളും വേദത്തിൽ തന്നെ പറഞ്ഞ ആശയങ്ങളുടെ ആചരണപക്ഷത്തിലേക്കുള്ള തന്ത്രഗ്രന്ഥങ്ങളും എല്ലാം സമാജം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രാമാണികങ്ങളാണ് പ്രമാണങ്ങളാണ് അവിടെയാണ് ക്ഷേത്രങ്ങളും ഗൃോപാസനയും എല്ലാം വന്നു ചേരുന്നത് എത്ര കാലമായി ക്ഷേത്രങ്ങൾ സ്ഥാപിതമായിട്ട് നമുക്കറിയില്ല പറയാൻ വയ്യ പക്ഷെ ഒന്ന് പറയാം ഇതിഹാസങ്ങളിൽ പ്രഥമമായ വാൽമീകീയ രാമായണത്തിൽ ക്ഷേത്രങ്ങളുണ്ട് ധാരാളം ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുമെന്ന് കേട്ട കൗസല്യമാതാവ് സന്തോഷം കൊണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ പല അലങ്കരണങ്ങളും പൂജകളും ഏർപ്പാട് ചെയ്തു പല സന്ദർഭങ്ങളിലും വിപരീത നിമിത്തങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ക്ഷേത്രങ്ങൾ വിഗ്രഹങ്ങൾ ഇളകി എന്നൊക്കെ പറയുന്നു മഹാഭാരതത്തിൽ അനേക ക്ഷേത്രങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട് പുരാണങ്ങളിലും ഇതൊക്കെ വളരെ പ്രാചീനങ്ങളാണ് എത്ര കാലമായി ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ പ്രാചീനമാണെന്ന് മാത്രം പറയാൻ സാധിക്കും പിന്നെ നേതം വ്യതിഥം ഉപാസതേ എന്നുള്ള മന്ത്രം അത് ക്ഷേത്രസംബന്ധിയായും മറ്റും പറയേണ്ടുന്നതല്ല ആത്മാവ് തന്നെ ബ്രഹ്മം ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം എന്ന ആത്മ ബ്രഹ്മൈക്യമാകുന്ന പരമതത്വത്തെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ിക്കപ്പെടുന്നില്ലയോ യാതൊന്നിനെ കൊണ്ട് വാക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നുവോ അതാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ലെന്നറിയൂ ഇതുപോലെ യാതൊന്നും മനസ്സിനാൽ മനസ്സിലാക്കപ്പെടുന്നില്ലയോ യാതൊന്നിനെ കൊണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നുവോ അതാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ ഇതാണെന്ന് പറഞ്ഞുപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല ഇതാണെന്ന് പറഞ്ഞു ഭാഷിക്കപ്പെടുന്നത് ദേവതയല്ല എന്ന് പറഞ്ഞിട്ടില്ല ദേവതയാണ് ദേവതയും ബ്രഹ്മവുമൊക്കെ ഭിന്നമാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ഉപാസിക്കുന്നത് ബ്രഹ്മത്തെ അല്ല ബ്രഹ്മത്തെ ഉപാസിക്കാൻ കഴിയില്ല ബ്രഹ്മം അത്യന്തിക സത്യമാണ് ഉണ്മയാണ് ദേവതകളെയാണ് ക്ഷേത്രങ്ങളിലൂടെ ഉപാസിക്കുന്നത് ദേവത്തക്കളെയാണ് ദേവതയെ എന്ന് പറഞ്ഞ പോലെ ദേവതകളെ തന്നെ പറയണം വ്യത്യസ്ത ഗുണഘടനകളോടുകൂടിയ സാത്വിക രാജസിക താമസിക ഭേദങ്ങളോടുകൂടിയ ദേവതകളെ സകല ദേവതകളിലൂടെയും ഈശ്വരൻ ലക്ഷ്യപ്പെടുകയാണ് ലക്ഷ്യീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് അസ്ഥാനത്തിൽ അപ്രകരണത്തിലുള്ള മന്ത്രങ്ങളെ എടുത്തുദ്ധരിച്ച് ഒരു ധർമ്മവ്യവസ്ഥയെയോ ശാസ്ത്രത്തെയോ ആചാര രീതികളെയോ നിന്ദിക്കാൻ പരിശ്രമിക്കുന്നവർ കേവലം ബാലിശമായ പ്രവർത്തനമാണ് ചെയ്യുന്നത് അഥവാ ഈ മന്ത്രങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ ആത്മാവ് തന്നെയാകുന്നു പരമസത്യം എന്നുള്ള സിദ്ധാന്തത്തെ അദ്ദേഹം അംഗീകരിക്കുകയോ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ലോകത്തെ സൃഷ്ടിച്ച് അന്ത്യനാളിൽ പ്രതിഫലം കൊടുക്കുന്ന സ്വർഗനരകാതി ഫലം കൊടുക്കുന്ന ദൈവം വേറെ തന്നെയാണ് ആത്മാവ് ബ്രഹ്മം എന്നുള്ളത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പൊ തനിക്ക് അംഗീകാരമില്ലാത്ത വാക്യങ്ങളെ താൻ ഉദ്ധരിച്ച് ശാസ്ത്രബോധമില്ലാത്തവരുടെ മുമ്പിൽ പ്രസംഗിച്ച് വളച്ചൊടിക്കുന്നത് മൗഢ്യമാണ് ബാലിശമാണ് അതുകൊണ്ട് വേണ്ടത് ഇത്തരം വാക്യങ്ങൾ ഉപാസനാഭാവത്തിൽ പഠിക്കുകയും വിദ്വാൻമാരോട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് സംസ്കൃതം പുസ്തകങ്ങൾ നോക്കി വിമർശിക്കാൻ വേണ്ടി പഠിച്ച് വിമർശിക്കാൻ വേണ്ടി പ്രസംഗിക്കുകയല്ല അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം വാദങ്ങളെ പറഞ്ഞിട്ട് പലപ്പോഴും ഹിന്ദു സമൂഹത്തെ ഒരു ഡിഫെൻസീവ് മൂഡിലേക്കാക്കി മാറ്റുക ഡിഫെൻസ് ചെയ്യേണ്ട ഒരു കർത്തവ്യം ഹിന്ദുവിന് വരിക എന്നിട്ട് പ്രവചനങ്ങളില് സ്നേഹ സംവാദങ്ങളിലൊക്കെ ഹിന്ദു എപ്പോഴും ഡിഫൻസിലായിരിക്കും മാറണം അതേടൊയിങ്ങാൻ തന്നെയാണ് അതൊക്കെ വിട്ടേക്ക് ദൈവമല്ലേ ദൈവം എന്തോ ആയിക്കോട്ടെ ദൈവത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ഈ ലോകത്തെ ഒന്ന് നോക്ക് ഈ ലോകത്തിൽ മതത്തിന്റെ പേരും പറഞ്ഞ് നീ രക്തപ്പഴുണ്ടാക്കുന്നത് എന്തുകൊണ്ട് സ്വർഗം ദൈവമൊക്കെ അവിടെ ഇരിക്കട്ടെ അതിനെപ്പറ്റി ഞാൻ ഏറെ വ്യാകുലനല്ല പിന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ വാക്യങ്ങളെ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വാക്യങ്ങളെ മുഴുവൻ അംഗീകരിക്കണം വേദത്തെ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വേദത്തെ മുഴുവൻ അംഗീകരിക്കണം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇത്യാദി ഉദ്ധരിക്കാൻ പാടില്ല അപ്പൊ വേദത്തിൽ ജീവിത വീക്ഷണത്തെയും ക്രമത്തെയും നീ അംഗീകരിക്കുന്നുവോ ചോദ്യം ഒന്ന് ഇല്ല പിന്നെ ഇതിനെ നീ ഉദ്ധരിച്ചു രണ്ട് ഇവിടെ ഹൈന്ദവ ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവിടെ കാരണം ഇവിടെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ആയിരക്കണക്കിന് ഋഷിമാരുണ്ട് നിനക്ക് ഒരു പുസ്തകമല്ലേ ഉള്ളു ഒരു പരമാചാര്യനല്ലേ ഉള്ളൂ അവിടെ നിങ്ങളിടയ്ക്ക് തന്നെയുള്ള കലഹാദ്യം ഒന്ന് അവനെ ഡിഫൻസിലാക്കുക അതാ വേണ്ടത് എന്നിട്ട് പറയലോ മുജാഹിദും സുന്നിയുള്ള കലഹം സുന്നിയും സുന്നിയുള്ള കലഹം ഇങ്ങനെ ഇത്ര എത്ര കലഹങ്ങൾ ഒരു ഗ്രന്ഥം ഒരാചാര്യൻ ഇതിനെ മുൻനിർത്തുന്നത് എൻ്റെ ഇത്ര കലഹമാണ് അതാദ്യം തീർക്ക് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു തരൂ അതുകൊണ്ട് വിമർശിക്കാനും നിന്ദിക്കാനും അല്ല നമ്മൾ മെനക്കെടുമ്പത് വിമർശിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ മറ്റേ ആൾക്ക് പത്തിരട്ടി സാധിക്കുമെന്നറിയണം അത് നമ്മുടെ സമൂഹത്തിൽ അസ്വാരസ്യമുണ്ടാക്കുകയാണ് ഏത് കാലത്ത് ഏത് ദേശത്ത് ഏതാചാര്യൻ പറഞ്ഞതിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാവും മനുഷ്യൻ്റെ നന്മയ്ക്കായ ശാസ്ത്രം മനുഷ്യനിലൂടെ ആവിഷ്കൃതമായതാണ് ദൈവം ഒരു ശാസ്ത്രവും ഇറക്കി തന്നിട്ടില്ല മനുഷ്യന് വേണ്ടി അല്ലാതെ മനുഷ്യനിലൂടെ അല്ലാതെ അതുകൊണ്ട് അതത് ദേശകാല സവിശേഷതകൾക്ക് അപ്പുറത്തുള്ള സനാതന സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് പറയുക അതാണ് അതിനുള്ള മറുപടി ഏതായാലും നേതമീതിതം ഉപാസത തുടങ്ങിയ വാക്യങ്ങൾ അപ്രകരണത്തിലും അസ്ഥാനത്തിലും ഉദ്ധരിക്കുന്നത് നിർത്താൻ പറയുക അല്ല ഇതിനെ നീ മാനിക്കുന്നുവെങ്കിൽ ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം എന്നുള്ള സിദ്ധാന്തത്തെ നീ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുക സ്വീകരിക്കില്ലെങ്കിൽ എന്തിനു നീ ഉദ്ധരിച്ചു ഇത് ദേവതയെ പറയുന്ന ഭാഗമല്ല ഉപാസ്യത്തെ പറയുന്ന ഭാഗമല്ല ആത്മാവ് തന്നെ ബ്രഹ്മം എന്ന് പറയുന്ന ഭാഗമാണ് ഗ്രന്ഥം പഠിക്കുക കേനോപനിഷത്വം അതുപോലെ നതസ്യ പ്രതിമാതി ഈശ്വരന് രൂപമില്ല നാമമില്ല ഗുണമില്ല അശബ്ദം അസ്പർശമരൂപമവ്യയം തഥാ രസം നിത്യം അഗന്ധവചയത് എന്നുദ്ഘോഷിച്ചതാണ് വേദം ഈശ്വരൻ അല്ല പ്രതിമ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിൽ പോയിക്കോളൂ ഒക്കെ വ്യത്യസ്ത ദേവതകൾക്കാണ് ശിവന് വിഷ്ണുവിന് വിഷ്ണുവിൻ്റെ തന്നെ പ്രത്യേക ഭാവങ്ങൾക്ക് ശിവൻ്റെ പ്രത്യേക ഭാവങ്ങൾക്ക് ദേവിയുടെ പ്രത്യേക ഭാവങ്ങൾക്ക് എല്ലാം ദേവതകളാണ് എല്ലാം ദൈവങ്ങളാണ് ദേവതാ സങ്കല്പവും ഈശ്വര തത്വവും തമ്മിലുള്ള വ്യത്യാസം വാദ്യം പഠിക്കണം സത്വിക രാജസിക താമസിക ഗുണഭേദങ്ങളോടുകൂടി സൃഷ്ടിസ്ഥിതി സംഹാരാദി വ്യവഹാരങ്ങളോട് ചേർത്ത് നമ്മൾ ദേവതകളെ കാണുന്നു ഇതിലെല്ലാം ഉപരിയാണ് കേവലമായ സത്യം അതിന് വിഗ്രഹവും ഇല്ല നാമോ പ്രതിമാഷ്ടി എന്നുള്ള വാക്യത്തെ താൻ ആദരിക്കുന്നെങ്കിൽ എന്തിലൂടെ പ്രതീതി ഉണ്ടാകുന്നുവോ അത് പ്രതിമ എന്ന ന്യായം സ്വീകരിച്ചാൽ നാമവും പ്രതിമ തന്നെയാണ് നാമപ്രതിമ നാമവിഗ്രഹം പിന്നെ നീ എങ്ങനെ ഈശ്വരനെ നാമങ്ങളെ പറയുന്നു നാമമല്ല നാമങ്ങളെ പറയുന്നു അല്ലാഹു എന്ന് പറയുമ്പോൾ ഒരു അർത്ഥമാണ് റബ്ബെന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാണ് റഹീം എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാണ് കബീർ എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമാണ് ഇപ്പൊ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള നാമങ്ങൾ എവിടെ നിന്ന് വരുന്നു ഓരോ നാമവും ചോദിപ്പിക്കുന്ന അർത്ഥഭേദം നമ്മൾ അതിനാദരിക്കുന്നു അനാദരിക്കുകയല്ല പക്ഷെ ഇത് സ്വയം വെച്ചുകൊണ്ട് ഈ ഗൃഹോപാസനയെ മറ്റു നിന്ദിക്കുന്നത് മൗഢ്യമാണ് രണ്ട് ലോകത്തെല്ലാ പ്രദേശത്തുമുള്ളവര് നമസ്കരിക്കുന്ന സമയത്ത് ഒരു ദേവാലയത്തെ കേന്ദ്രീകരിക്കുന്നു ആ ദേവാലയത്തിൽ ഒരിക്കലെങ്കിലൊന്ന് പോകുന്നത് ഏറ്റവും വലിയ പുണ്യമായിട്ട് മാനിക്കുന്നു അവിടെ പോകുമ്പോൾ യജ്ഞ നിർവഹണത്തിന് വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നു പ്രദക്ഷിണം ചെയ്യുന്നു ശിലയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു തീർത്ഥജലം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു ഇതൊക്കെ എന്താ ഇതൊക്കെ ഇതൊക്കെ വിഗ്രഹോപാസനയുള്ള ജപ്പൻ എന്താ അതുകൊണ്ട് ഡിഫൻസിലാവാതെ അവനെ ഡിഫെൻസിലാക്കാൻ പറ്റിക്കൂ ശ്രദ്ധിക്കപ്പെട്ട സ്വാമിജിക്ക് ഖർ വാപസിയെ കുറിച്ചുള്ള സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ ദയവായി അപേക്ഷിക്കുന്നു ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് മാത്രം ഭാരത സർക്കാർ കൈകാര്യം ചെയ്യുകയും ഇത് വേറെ ചോദ്യമാണല്ലോ ഖർ വാപ്പസിയെ കുറിച്ചുള്ള സ്വാമിയുടെ അഭിപ്രായം സന്തോഷകരമാണ് ഖർ വാപ്പസി വീട്ടിലേക്ക് മടങ്ങുക വീട്ടിലേക്ക് മടങ്ങുന്നത് ഏറ്റവും സന്തോഷം ഇതിപ്പോ ഒരു പേരൊക്കെ പുതുതായിട്ട് വന്നു എന്നേ ഉള്ളൂ ഇതിപ്പോ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല ഇത് ശക്തമായി ഭാരതത്തിൽ നടപ്പിലാക്കിയത് ആര്യസമാജ സ്ഥാപകനായ മഹർഷി ദയാനന്ദ സരസ്വതിയാണ് അവിടുന്ന് ഇങ്ങോട്ട് ഗർഭാപസി നടക്കുന്നുണ്ട് വീട്ടിലേക്ക് മടങ്ങി വരിക ഇപ്പൊ വിശ്വഹിന്ദു പരിഷത്ത് അതിൻ്റെ സുവർണ ജയന്തിയോടനുബന്ധിച്ച് ചില നവീന കാര്യക്രമങ്ങളുടെ ഭാഗമായി ഗർഭാപസിയെ മുൻനിർത്തി അത്തോട്ടുകൂടി അത് മാധ്യമങ്ങൾ വെറുപിടിച്ചു എന്തൊക്കെയോ അനീതി നടക്കുന്നു മനുഷ്യത്വരഹിതമായ പ്രവർത്തനം നടക്കുന്നു മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നു അതവണ് ഈ തവണ പ്രശ്നങ്ങളായി മാധ്യമങ്ങൾക്ക് ചൂട് പിടിച്ചു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ ഒന്നേ പറയാനുള്ളൂ കർണന്റെ രഥചക്രം ഭൂമിയിലാണ്ടു കർണന്റെ രഥചക്രം ഭൂമിയിലാണ്ടപ്പോ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കടാമ്പ് വേഗം വെക്കമ്പ് കുട കർണൻ ഒറ്റത്തിൽ വിളിച്ചു ചോദിച്ചു കൃഷ്ണ ഇത് ധർമ്മമാണോ കൃഷ്ണൻ ചോദിച്ചു ഈ ധർമ്മം നിനക്ക് കുറച്ച് മുമ്പ് എവിടെയായിരുന്നു രാജസദത്തിൽ സ്ത്രീ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു ധികാരപ്പെട്ട രാജ്യം പോകട്ടെ അർദ്ധരാജ്യം പോകട്ടെ അഞ്ച് ഗ്രാമങ്ങൾ പോകട്ടെ ഒരു ഗ്രാമം പോകട്ടെ അഞ്ച് ഗൃഹം പോകട്ടെ ഒരു ഗൃഹം പോലുമില്ലാതെ സൂചി കുത്താൻ പോലും നൽകില്ലെന്ന് പറഞ്ഞപ്പോൾ എവരുടെയൊക്കെ നീ ആരുടെ കൂടെ നിൽക്കുന്നു അവരുടെയൊക്കെ ധർമ്മബോധം എവിടെയായിരുന്നു ഇപ്പം ഇവിടുന്ന് നിനക്കൊരു ധർമ്മബോധം നാട്ടിലുള്ള ഓരോ ക്രിസ്ത്യൻ പള്ളി കേന്ദ്രീകരിച്ചും മതം മാറ്റ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നു നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം മതത്തിലേക്ക് നിരന്തരം കോഴിക്കോട് പൊന്നാനി എന്നീ രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ആവറേജ് ഒരു മാസം ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും മാറുന്നുണ്ട് ഇന്നലെ ഒരു മതംമാറ്റ വിഷയവുമായിട്ട് ഒരു ആശ്രമത്തെ കൊണ്ടു ഇന്നലെ അവനിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് മാത്രം ൂറ്റി ഇരുപതിലധികം ഉണ്ട് പൊന്നാനി ഇപ്പോ ഇപ്പോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ ആഴ്ചയിൽ രണ്ടാഴ്ച മുമ്പ് വന്ന ഒരു പെൺകുട്ടി പറഞ്ഞു തന്ന വിവരം അനുസരിച്ച് മുന്നൂറ്റി ചില്ലുവാൻ പെൺകുട്ടികളുണ്ട് അവിടെ ഒക്കെ ഹിന്ദുക്കളാണ് എല്ലാം അപ്പൊ ഈ മാസം മാത്രം നാനൂറ്റി ചില്ലുവാൻ പേര് മതം മാറ്റപ്പെടുകയാണ് പൊന്നാനി മാത്രം ഇത് അനസ്യൂത നടക്കുന്നു അത് മനുഷ്യാവകാശമായിട്ട് യാതൊരു ബന്ധവും അതൊക്കെ മനസ്വാതന്ത്ര്യമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് അവകാശമാണ് ടിപ്പു സുൽത്താൻ മാത്രം നാല് ലക്ഷം ഹിന്ദുക്കളെയാണ് കോഴിക്കോട് മതം മാറ്റിയത് കോഴിക്കോട് കോഴിക്കോട് പ്രദേശത്ത് ഇതൊക്കെ അതിൽപ്പെടും നാല് ലക്ഷം പേരെ ടിപ്പു സുൽത്താൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട് പരമകാരുണികനായ അല്ലാഹുവിൻ്റെ കൃപയാൽ നാല് ലക്ഷം പേരെ ഞാൻ മതം മാറ്റിയിരിക്കുന്നു ആ കൃപ ഇനിയുമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത യാത്ര കൊച്ചിയിലേക്കാണെന്ന് അത് നടന്നില്ല എന്തായാലും നാല് ലക്ഷം പേർ ലോകമനസാക്ഷിയെ ഏറ്റവും ഞെട്ടിച്ച അതിക്രൂരങ്ങളായ ഹീനങ്ങളായ ഹിംസകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ വായിൽ വരിക സ്പാനിഷ് എൻക്വിസിഷനാണ് സ്പാനിഷ് ഇൻക്വിസിഷനോളമോ അതിലധികമോ ബിഭത്സമായിരുന്നു ഗോവ ഇൻക്വിസിഷൻ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം ഗോവയിൽ നടന്ന ഇൻക്വിസിഷൻ ക്രിസ്ത്യാനിയ അവൻ തയ്യാറുണ്ടോ ജ്വലിക്ക് നഗ്നിക്കു മുകളിൽ പൊട്ടുന്നാളെ കമ്പ് കൊണ്ട് കുത്തിയിട്ടാണ് നിർത്തുക ചിലപ്പോൾ ഒരു കമ്പിൽ നാലും അഞ്ചും പേരുണ്ടാവും മരിക്കുന്നില്ല അവർ പട്ടയുകയാണ് മതം മാറാൻ തയ്യാറുണ്ടോ ഇല്ല തീരായി ഉണ്ട് എന്നുള്ളൂ ഇല്ലെങ്കിൽ നിന്റെ ഗതി ഇതാണ് ഇങ്ങനെ ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കിയപ്പോൾ വികാരികൾ തന്നെ ജഡ്ജിമാരായി തീർന്നപ്പോൾ എനിക്ക് നടന്നു ചർച്ച് കോർട്ടാവുന്നതാണ് എനിക്ക് ശിഷ്യൻ അന്ന് ഗോവയിൽ നിന്ന് കേരളത്തിലേക്കും കർണാടകത്തിലേക്കും മഹാരാഷ്ട്രത്തിലേക്കും അഭയാർത്ഥികളായി മാനവും കൊണ്ടോടി സർവസ്വവും നഷ്ടപ്പെടുത്തിയിട്ട് കുറേ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരും മറക്കരുത് അവരവരുടെ ഭാഷ നിലനിർത്തി പലരും ഗോവയിൽ സെറ്റിൽ ചെയ്തു ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പലവർ തിരിച്ചു കൊണ്ട് ആവശ്യത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെത്തന്നെ താമസിച്ച് ബിസിനസ്സും വേരുകളൊക്കെ ഇവിടെ ആയി കഴിഞ്ഞു മറക്കരുത് അപ്പം അതൊരു പ്രശ്നമില്ലാർക്കും ഇപ്പോൾ എൻ്റെ പൂർവികന്മാർ ഇന്നതൊക്കെയായിരുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടും എന്തൊക്കെ പ്രലോഭനങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോയോ അതൊന്നും നടക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചു വരികയാണ് അപ്പോൾ വലിയ പ്രശ്നം നോക്കൂ ഈ തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളതുമായ ഹിന്ദുവിലെ സ്ഥിതി കൊണ്ട് മടുത്ത് ഞാനൊരു മനുഷ്യനാവും സമത്വ സഹോദര്യ സുന്ദരമായ ഒരു സമൂഹത്തിലെ അംഗമായി തീരാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത് അവിടെ പോയി വെക്കുമ്പോ ഒരു സമത്വവും എനിക്ക് വേറെ സമയത്തേരി എന്നെ മറ്റുള്ളവരുമായിട്ട് വിവാഹം കഴിപ്പിക്കുന്നില്ല അപ്പൊ പിന്നെ അവിടെയും അസമത്വമാണെങ്കിൽ എനിക്ക് വേണ്ടി അവശക്രിസ്ത്യാനിയായിട്ട് തന്നെ നിലനിർത്താൻ മദർ തരേശ പോലും ഉപവാസ ഈ അവശത മാറും വിചാരിച്ചിട്ടാണ് അവിടെ പോയത് നോക്കുമ്പോ അവശത അവിടെയും എന്നാ പിന്നെ തിരിച്ചു വരാം ഗർവാസ് ചെയ്യും ആർക്കായാലും തറവാട്ടിലേക്ക് തിരിച്ചു ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ കേരളത്തിലെ ബഹുമാന്യ മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത് ഓർമ്മിക്കുക ഞാൻ മുഹമ്മദാണ് ഞാനൊരു ഇസ്ലാമാണ് പക്ഷെ എൻ്റെ വാപ്പയുടെ വാപ്പയുടെ വാപ്പയുടെ വാപ്പയുടെ വാപ്പ ഹിന്ദുവായിരുന്നു ഇതുപോലൊരോ ക്രിസ്ത്യാനി ഓർമ്മിക്കണം അവൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഹിന്ദു ആയിരുന്നു വേരുകൾ നമ്മൾ മറക്കരുതെന്നൊക്കെ അത് മതി അതാണ് പരമാർത്ഥം വേരുകൾ ഓർമ്മിക്കുക വേരോട് ഓർമ്മിക്കുക അങ്ങനെ ഓർമ്മിക്കുമ്പോൾ ചിലർ തറവാട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടും അതാണ് ഗർ വാപ്പസി ഇത് കൺവെർഷൻ അല്ല ചില പത്രങ്ങളിലൊക്കെ ഇത് റീ കൺവെർഷൻ എന്ന് പറയുന്നുണ്ട് റീ കൺവെർഷൻ അല്ല റീ കൺവെർഷൻ പറഞ്ഞ വാക്ക് തെറ്റാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയേണ്ടത് ഡി കൺവെർഷൻ എന്നാണ് റീ കൺവെർഷനല്ല ഡീ കൺവെർഷനാണ് അതായത് പലതും ചെയ്ത് അങ്ങോട്ട് പോയി എന്നൊരു തോന്നലുണ്ടായി ആ തോന്നലിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക അപ്പോൾ അവിടെ തന്നെ അത്രയുള്ളൂ ശരി ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് മാത്രം സർക്കാർ കൈകാര്യം ചെയ്യുകയും മറ്റു മതസ്ഥരുടെ പള്ളികളും ആരാധനാലയങ്ങളും കൈകടത്താതിരിക്കുകയും ചെയ്യുന്നു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന സാമ്പത്തിക സ്രോതസ്സ് സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന് കൃത്യമായ കണക്കുകൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചിദാനന്ദപുരുസ്വാമിയോട് ചോദിച്ചത് എന്ത് കാര്യം ഒരു പ്രയോജനമില്ല ഇത് വിവരാവകാശ നിയമം ഓരോ ഗവൺമെൻറ്റിനോടും ചോദിക്കുക കേരള ഗവൺമെൻറ്റിനോട് ചോദിക്കുക വിവര പത്ത് റുപ്യ മതി വിവരാവകാശ നിയമം അനുസരിച്ച് ഉപയോഗിക്കാം ചോദിക്കുക കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കൂടൽമാണിക്യം മലബാർ അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് ഈ അഞ്ച് ദേവസ്വം നിന്നും സർക്കാരിൻ്റെ പൊതുഫണ്ടിലേക്ക് എത്ര രൂപ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി വന്നു മറ്റും പല ഇനങ്ങളിലും സർക്കാർ വസൂലാക്കിയ സംഖ്യ എത്ര ഇത് പ്രത്യേക ദേവസ്വം ഫണ്ടായി നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എങ്കിലും ഇതിന്റെ കാഷ് ഫ്ലോ ആരുടെ കയ്യിലാണുള്ളത് ഇത്രയും ചോദ്യങ്ങൾ ഒരു പൊതു വിവരാവകാശ നിയമം അനുസരിച്ച് ഈ ക്യാപ്പം കിട്ടും ചെയ്തോട് ചോദിച്ചിട്ട് ഒരു കാര്യവും മറ്റുള്ളവർ പറയുന്നത് ക്ഷേത്രപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും അല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കാനും ആവശ്യപ്പെടുന്നു ക്ഷേത്ര കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാ ക്ഷേത്രങ്ങൾ ഇങ്ങനെയാ ഇപ്പോ മലബാർ ദേവസ്വം ബോർഡില് നല്ലൊരു മനുഷ്യനാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത് നല്ല ലാളിത്യമുള്ള ആദർശ ശുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഇപ്പം അതുകൊണ്ട് അദ്ദേഹം പുതുതായിട്ട് ക്ഷേത്രങ്ങളെ ഏറ്റവും ദിനം പിടിച്ചടക്കിയിട്ടില്ല മാത്രമല്ല ഒരുപാട് ഫണ്ടുകൾ ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അങ്ങ് നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്നു പക്ഷേ ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നാളെ അവരെ പിടിക്കാനൊരു ചാൻസ് ഭാവി വരുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലേ ചെയ്യണത് എന്നൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സ്വാമി ഇന്ന് നല്ലത് ചെയ്യാ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ന് ഇതിൽ പതി പതിയിരിക്കുന്ന ചതിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ ക്ഷേത്രക്കാർ ഇവിടുന്ന് ഫണ്ട് മേടിക്കുന്നു നല്ലതാണ് പക്ഷേ ഫണ്ട് മേടിക്കുന്നുണ്ട് അവൻ്റെ കണക്കിൽ നമ്മൾ വന്നു കഴിഞ്ഞു നമ്മുടെ കണക്കുകൾ അവൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു നാളെ നമ്മളെ പിടിക്കാൻ അവൻ എളുപ്പമായി ഇതുകൂടി ഓർമ്മിക്കുക ഏതായാലും ഇപ്പോഴത്തെ പ്രസിഡന്റ് നല്ലൊരു മനുഷ്യനാണ് നല്ല ആദർശ ശുദ്ധിയുള്ളൊരു നല്ല ഒരു ഗാന്ധിയനായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരൻ നല്ല മനുഷ്യനാണ് കുഴപ്പമൊന്നുമില്ല അന്ന് പിടിച്ചെടുക്കലൊന്നും ഇപ്പൊ നടക്കുന്നില്ല വിവരാവകാശം കൊടുത്തപ്പോൾ ഒരു മാസം കഴിയണം എന്നാണ് പറഞ്ഞത് ആ ഒരു മാസം കാത്തിരുന്നുള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഒരു മാസം കഴിഞ്ഞാൽ കിട്ടും പിതൃകർമ്മം എന്നാൽ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെയും പിതൃക്കളെയും തൃപ്തിപ്പെടുത്തുകയും പരിചരിക്കുകയും ചെയ്യുക മാത്രമാണ് അതിനാൽ മരണശേഷം അവർക്ക് വേണ്ടി പിതൃ പിണ്ഡശശ്രാദ്ധ തർപ്പണാദികൾ ചെയ്യേണ്ടതില്ല എന്നാണ് വൈദികാചരണം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പ്രചരിപ്പിക്കുന്നത് ഇത് ശരിയായ വേദ ദർശനമാണോ ൂ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ പിതൃക്കളെ സ്നേഹാതിരവുകളോടെ ശുശ്രൂഷിക്കണം നിർബന്ധമാണ് നമ്മുടെ അമ്മയെ നമ്മുടെ അച്ഛനെ മുത്തശ്ശനെ മുത്തശ്ശിയെ നമുക്കാവുന്ന രീതിയിൽ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കണം സേവിക്കണം അതുതന്നെയാണ് മുഖ്യമായിട്ടുള്ള കർമ്മം അതോടൊപ്പം മരണാനന്തര കർമ്മങ്ങളെ ശാസ്ത്രവിഹിതമായ രീതിയിൽ അനുഷ്ഠിക്കുകയും പിതൃതർപ്പണം ചെയ്യുകയും വേണം രണ്ടും വേണം മരിച്ചവരെ സംബന്ധിച്ച് ശ്രദ്ധമൂട്ടണം ജീവിച്ചിരിക്കുന്നവരെ ശ്രദ്ധാപൂർവം സേവിക്കണം ഇത് രണ്ടും വേണം ഈ യുഗത്തിൽ ഗുരുകുല സമ്പ്രദായ പ്രകാരം വേദം പഠിക്കാൻ സാധ്യമാണോ തീർച്ചയായിട്ടും സാധ്യമാണ് കൂടുതൽ കൂടുതൽ അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാവണം നമ്മളെ നാട്ടിൽ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് ഒരുപാട് വേദപാഠശാലകൾ വളർന്നു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശ്രീ ശ്രീ രവിശങ്കറുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നടക്കുന്ന വേദപാഠശാല കാണാനിടയായി എന്തൊരു സന്തോഷം തോന്നി എന്നറിയും നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് എന്നിവരെ തോന്നിപ്പോൾ കാശമുള്ള പത്ത് നാനൂറ്റമ്പത് കുട്ടികൾ വൃക്ക് പഠിക്കുന്നു യജസ് പഠിക്കുന്നു സാമം പഠിക്കുന്നു അധർമ്മം പഠിക്കുന്നുരുകുല സമ്പ്രദായത്തിൽ ഒരു വ്യതിചലനവും ഇല്ല ശുദ്ധമായ രീതിയിൽ അതുപോലെ പരമപൂജനീയ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ സ്വാമിയുടെ മഹാവീക്ഷണത്തിനനുസരിച്ച് പല പ്രദേശങ്ങളിൽ ഒരുപാട് വേദപാഠശാലകൾ നടക്കുന്നു പാലക്കാട് ജില്ലയിലും ഉണ്ട് ഒരു വേദപാഠശാല തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം ഉള്ളത് ഒക്കെ ഭംഗിയായി നടക്കുന്നു അവിടെയൊക്കെ സസ്വരം വേദം ചൊല്ലി പഠിക്കുന്നു അനുബന്ധ കർമ്മങ്ങളെ ചെയ്യാൻ പഠിക്കുന്നു ഒപ്പം തന്നെ ഒപ്പം കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ച് അല്ലെങ്കിൽ വേദപാഠശാലയിൽ തന്നെ പഠനം നടത്തി പരീക്ഷ എഴുതിപ്പിച്ച് ഔപചാരിക വിദ്യാഭ്യാസവും നേടിക്കൊടുക്കുന്നു നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നടക്കും നല്ലതാണ് അല്ലാതെ ഒരു പ്രായമായിട്ട് വേദം പഠിക്കാൻ പോയിട്ട് എന്ത് കാര്യം ശരി നല്ലത് തന്നെ പഠിക്കാം പക്ഷേ കുഞ്ഞായിരിക്കുമ്പം പഠിക്കണം ഗുരുകുലങ്ങളിലൂടെ പഠിക്കണം തീർച്ചയായിട്ടും പ്രായോഗികമാണ് ഹിന്ദു സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാവാൻ വേദം എല്ലാവരിലും എത്തിക്കണമെന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആഹ്വാനം ചെയ്യുന്നത് പക്ഷെ അതിനുള്ള അതിനുള്ള അതിനുള്ള സം സംരംഭങ്ങളാണോന്നറിയില്ല എന്തായാലും കേരളത്തിൽ വളരെ കുറവാണ് അദ്വൈതാശ്രമത്തിനൊരു വേദപാഠശാല ആരംഭിക്കാൻ ശ്രമിച്ചുകൂടെ ഭാവിയിൽ വരുവോ ഇല്ലയോ എന്നൊന്നും ഇപ്പൊ പറയണില്ല ഇപ്പം എന്തായാലും ഇല്ല ഇപ്പൊ അവിടെ വേദാന്ത പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന പദ്ധതിയാണ് നടക്കുന്നത് വേദ സംഹിത ഭാഗം അതും വേദം തന്നെയാണ് എങ്കിൽ സംഹിത പഠനത്തിന് വലിയ പ്രാധാന്യം അവിടെ കൊടുക്കുന്നില്ല എന്നാൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ വളരണം വളരുന്നതായി കാണണം ഭാവിയിൽ നമുക്ക് ഉണ്ടാവില്ല വരില്ല എന്നൊന്നും ഇപ്പം പറഞ്ഞിട്ടില്ല ഇപ്പം ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് വേദപഠനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് ഈ കോഴിക്കോട് തന്നെ കേന്ദ്രമായിട്ട് ശ്രീ എം ആർ രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ കൊയിലാണ്ടി ആർഷ വിദ്യാപീഠം എന്നുള്ള പേരിൽ ശ്രീ ശശി കമ്മട്ടേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇത് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് ധാരാളം സ്ഥാപനങ്ങളുണ്ടാവട്ടെ ധാരാളം പേര് വേദപ്രചരണത്തിന് തയ്യാറാവട്ടെ അതുപോലെ ചില സമ്യക്കായി വേദം മാത്രമല്ല വേദത്തിൻ്റെ പല സൂക്തങ്ങളും പല ഭാഗങ്ങളും ഒപ്പം താന്ത്രികമായ പൂജാവിധാനങ്ങളും പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കോഴിക്കോട് ഒരുപാടുണ്ട് എം ജി വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ശ്രേഷ്ഠാചാര സഭ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പന്തീരാങ്കാവിലെ ഗണേശ സാധന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് വേറെയും കണ്ടേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് പറഞ്ഞെന്ന് മാത്രം പലതും വിട്ടുപോകും ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം താല്പര്യം ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ സാധ്യതകളും സാഹചര്യങ്ങളും ഇന്നുണ്ട് അത് ഉപയോഗിക്കുക ഒരുപാട് സാഹചര്യം പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഒരുപാട് ഉപലബ്ധമാണെന്ന് മാത്രം പറയുന്നു ഓരോ പുരാണങ്ങളിലും ഓരോ മഹർഷിമാർ അവരുടെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പുരാണങ്ങളുടെ കർത്താവ് വ്യാസഭഗവാൻ തന്നെയാണോ നമ്മൾ പുരാണങ്ങളിലൂടെ വ്യാസഭഗവാനെ കാണുന്നു അല്ലാതൊരു വ്യാസഭഗവാനെ നമുക്കറിയില്ല ഒന്നുകൂടി പറയാം നമ്മൾ പുരാണങ്ങളിലൂടെ വ്യാസഭഗവാനെ കാണുന്നു അല്ലാത്തൊരു വ്യാസനെ നമുക്കറിയില്ല മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലാതൊരു വ്യാസന നമുക്ക് അറിയില്ല നമുക്ക് പുരാണങ്ങളിലൂടെ വ്യാസനെ അറിയുന്നു അപ്പൊ വ്യാസനാണ് പുരാണം രചിച്ചതെന്ന് നമ്മൾ മാനിച്ചു വരുന്നു ആര് രചിച്ചാലും കൊള്ള അയാൾ വ്യാസ പുരാണങ്ങളിൽ കഥകളും ഉപകഥകളും ഉപകഥകളുമായിട്ടൊരു കഥാപ്രപഞ്ചം തന്നെയാണ് അനേക ആഖ്യാന ഉപാഖ്യാനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പുരാണങ്ങളിൽ വേദവിശദീകരണം ചെയ്തിട്ടുള്ളത് അതിൽ പല ഗുരുനാഥന്മാരും പല ശിഷ്യന്മാരും പല മഹചരിതങ്ങളും പല രാജചരിതങ്ങളും ഒക്കെ വന്നു നാം മാനിച്ചു പുരാണങ്ങൾ രചിച്ചത് വ്യാസഭഗവാനാണെന്നാണ് അത്രയും പറയാൻ പറ്റൂ അതുകൊണ്ട് ആരാണോ അതാണ് മഹാഭാരത യുദ്ധത്തിന്റെ അവസാന രംഗത്ത് തുടർന്ന് തുട തുട തകർന്നു കിടക്കുന്ന ദുര്യോധനൻ പാണ്ഡവരെയും കൃഷ്ണനെയും രൂക്ഷമായി വിമർശിക്കുന്നു ധർമ്മയുദ്ധത്തിൽ എങ്ങനെയും വിജയം നേടാൻ അധർമ്മം ഉപദേശിച്ച് ഭീഷ്മർ ദ്രോണർ കർണൻ തുടങ്ങിയ മഹാരഥന്മാരെ ഭഗവാൻ കൊല്ലിക്കുന്നു നാഭിക്ക് താഴെ അടിക്കരുതെന്ന ശാസ്ത്രം ശാസ്ത്രവീതി ലംഘിക്കാൻ ഭഗവാൻ അർജുനൻ മുഖേന ഭീമന് സൂചന നൽകുന്നത് ദുര്യോധനൻ കാണുന്നു ദുര്യോധന ഭാഷണം കേട്ട് ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി സിദ്ധന്മാരും ചാരണന്മാരും അപ്സര ഗന്ധർവന്മാരും അദ്ദേഹത്തെ ഭഗവാനും പാണ്ഡവരും കാണെ നന്നെന്ന് പുകഴ്ത്തുന്നു ഈ സംഭവങ്ങൾ തിളക്കമർന്ന ഭഗവാന്റെ ജീവിതത്തിൽ കരുനുകൽ വീഴ്ത്തിയില്ലേ എന്തിനാണ് ഭഗവാൻ അമിതമായി പക്ഷം പിടിച്ച് തൻ്റെ കീർത്തി കെടുത്തിക്കളഞ്ഞത് ഭഗവാന് ഭഗവാന്റെ കീർത്തി ഭഗവാൻ ഉണ്ടാക്കിയതല്ലേ അതെ അപ്പത് കെടുത്തണോ വേണ്ടു ഭഗവാൻ അറിഞ്ഞു നമ്മളെന്തിനാ ചിന്തിക്കണത് ഒരാള് സ്വയം പ്രസിദ്ധി ഉണ്ടാക്കി അയാൾ ആ പ്രസിദ്ധിയെ നശിപ്പിക്കണമെങ്കിൽ നമ്മളെന്തിനാണ് പാലോചിക്കണത് അയാൾ തന്നെ ഉണ്ടാക്കിയത് നമ്മളാരോയിൽ പങ്ക് വഹിച്ചിട്ടില്ല എന്നാൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു പ്രഭാഷണം കഴിഞ്ഞു സംശയ നിവാരണമാണ് അപ്പോൾ സംശയം ചോദിച്ചാൽ ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് ഉത്തരം പറയും അതാണ് നമ്മുടെ ശൈലി വളച്ച് വെക്കണോ മറച്ചു വെക്കണോ അങ്ങനെ സൂചിപ്പിച്ച് പറയും അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തോ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു അത് രൂക്ഷമായ ഭാഷയാണെന്ന് ചിലർക്ക് തോന്നി അറിയില്ല നമ്മൾ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വളരെയധികം ചിദാനന്തപുരി സ്വാമിയെ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞു സ്വാമിജി ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞാലോ ഏ പിന്നെ ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി പറയണ്ടേ അല്ല സ്വാമികളൊരു സൽപ്പേർ നഷ്ടപ്പെടും നമ്മൾ സ്വാമിയുടെ തൽപ്പേർ ആരുണ്ടാക്കിയതാ അതി ഉണ്ടാക്കിയതാ അല്ല ഞാൻ പറഞ്ഞു മാത്രം ഞാനും പറഞ്ഞു എന്ന് മാത്രം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു പ്ലെയിൻ അത് പ്രശ്നമില്ല അയാളൊരു വിരോധമില്ല വിരോധമില്ല ഒരു വിരോധമില്ല അങ്ങോട്ടും വിരോധമില്ല അങ്ങോട്ടും വിരോധമില്ല പക്ഷെ വസ്തുത വസ്തുതയാണ് ഏ ഭഗവാന്റെ കീർത്തി ഭഗവാൻ ഉണ്ടാക്കി ചേ ഭഗവാൻ കളഞ്ഞോട്ടെ ബാക്കിയുള്ളവരെന്തിനാ നോക്കണത് എന്നാൽ ഭഗവാന്റെ എന്താ കീർത്തിയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു അകീർത്തി ഉണ്ടായിട്ടില്ല ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടു അപ്പൊ പിന്നെ ഇതൊക്കെയോ ഇത് വലിയൊരു പാഠമാണ് അധർമ്മത്തിൻ്റെ പക്ഷത്ത് സമ്പത്തും ആൾബലവും ഒത്തുചേർന്ന് ധർമ്മഹിംസ ചെയ്യുന്നതിന് ഒത്തൊരുമിച്ച് പരിശ്രമിക്കുമ്പോൾ ഏതറ്റം വരെയും പോയി ധർമ്മ ചെയ്യാം എന്ന് ഭഗവാൻ കാണിച്ചു തന്നു അധർമ്മത്തിൻ്റെ പ്രകാരത്തിലും ഒത്തുചേരുമ്പോൾ ധർമ്മത്തെ നശിപ്പിക്കാൻ കൂട്ടുചേർന്ന് പരിശ്രമിക്കുമ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനേതറ്റം വരെയും പോകാം സ്വന്തം പ്രതിജ്ഞ വരെ ലംഘിച്ചു ഭഗവാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ ഭഗവാൻ രണ്ട് പ്രാവശ്യം ആയുധമെടുത്തു ഭീഷ്മരുടെ നർക്ക് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യവും അയ്യോ പാടില്ല പാടില്ല അങ്ങനെ അധർമ്മം ചെയ്യരുത് പറഞ്ഞിട്ട് അർജുനാണ് പിന്തിരിപ്പിച്ചത് പക്ഷെ ഭഗവാൻ ഭീഷ്മനെ കൊല്ലാനൊന്നും പുറപ്പെട്ടതല്ല അർജുനനെ കൊണ്ടൊന്ന് ഉശിരുള്ളവനാക്കിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അവിടെ അർജുനൻ ഉഷിരോട് കൂടി പ്രവർത്തിച്ചു അതേയുള്ളൂ ഭഗവാന്റെ ഉദ്ദേശം അപ്പോ അധർമ്മത്തിന്റെ ശക്തികൾ ഒത്തുചേരുമ്പോൾ ഏതറ്റം വരെയും പോയി ധർമ്മ സംസ്ഥാപനം ചെയ്യാമെന്ന് ഭഗവാൻ കാണിച്ചു അതാണ് പിന്നെ ധർമ്മമര്യാദ ധർമ്മം പ്രവർത്തിക്കുന്നവരോടാണ് താൻ സമൂലവും അധർമ്മത്തിന്റെ ഭാഗത്തും അധർമ്മത്തിന് വേണ്ടിയാവുമ്പോ അവനോട് മര്യാദയല്ല വേണ്ടത് കാരണം അവനെ തുടച്ചു മാറ്റിയാലേ ലോകത്തിൽ ധർമ്മം പുലരും അതിനുള്ള നയം സ്വീകരിക്കേണ്ടി വരും അത് ഭഗവാൻ കാണിച്ചു വന്നു അതുകൊണ്ടൊരു അകീർത്തി ഉണ്ടായിട്ടില്ല അകീർത്തി ഉണ്ടായിച്ചാൽ ഇന്നും നമ്മൾ ശ്രീകൃഷ്ണായ നമ എന്നൊന്നും പറയില്ല ഒരകീർത്തി ഉണ്ടായില്ല ഇന്നും നമ്മൾ ഭഗവാൻ എന്ന് പൂജിക്കില്ല ില്ല അതെല്ലാം ഭഗവാന്റെ ലീലകളുടെ ഭാഗം ധർമ്മ ഭാഗം ജഗദ്ഗുരു ശങ്കരാചാര്യർ ധർമ്മ പുനഃസ്ഥാപനത്തിനായി ഭാരതം സഞ്ചരിക്കുമ്പോൾ ഒരു കാശ്മീർ താഴ്വരയിലെ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഭിക്ഷാടനത്തിനായി ഒരു വീട്ടിലെത്തിയ അദ്ദേഹത്തിന്റെ ഭിക്ഷാപാത്രത്തിൽ ഗൃഹനായിക ഒരു മാംസകഷ്ണം നൽകി അപമാനിച്ചു അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണീർ ആ ഭൂമിയിൽ വീണു എന്നൊരു കഥ കേട്ടിട്ടുണ്ട് കാശ്മീരിൽ പ്രബലമായിരുന്ന ഒരു സമുദായത്തെ നിഷ്പ്രഭമാക്കിയതും ഇന്നും കാശ്മീരിൽ അശാന്തിയുടെ വിത്തുകൾ പാകുന്നതും ആചാര്യസ്വാമികളുടെ കണ്ണുനീരിന്റെ അനന്തര ഫലമാണോ അറിയില്ല ഏതാ ഇപ്പോ കാശ്മീരിൽ ഇത്രക്കധികം കണ്ണുനീര് ഒഴുകുന്നതിന് കാരണമായത് വിഭജനാനന്തര ഭാരതത്തിൽ വന്ന നയവൈകല്യം കൊണ്ടാണ് അതെ പൂർണ്ണമായി ഭാരതത്തിൻ്റെ ഭാഗമാക്കി എല്ലാ അർത്ഥത്തിലും കാശ്മീരിനെ തീർക്കാൻ നമുക്ക് ശക്തിയുണ്ടായിരുന്നു നാം പ്രവർത്തിച്ചിരുന്നു പക്ഷേ നമ്മുടെ നയവൈകല്യം കൊണ്ട് എന്നും എയുന്ന പുകയുന്ന ഒരു സ്ഥാനമായി കാശ്മീർ ശേഷിച്ചു അതെ പ്രത്യേക പദവി കൊടുത്തു നമ്മുടെ ആഭ്യന്തര പ്രശ്നം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചു ഒരുപാട് നയവൈകല്യങ്ങൾ വന്നു ഒരുപാട് ർത്തും ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഭാരതത്തിൻ്റെ ശിരസ്ഥാനീയമായ കാശ്മീരിൽ തലവേദന ഉണ്ടാക്കി വെച്ചത് നമ്മുടെ നയവൈകല്യം കൊണ്ട് മാത്രമാണ് യാതൊരു സംശയവും ഇല്ല ഹിന്ദു സംഘടനകൾ പറഞ്ഞു നടക്കുന്ന പ്രധാനപ്പെട്ട നുണയാണ് പോലും ശബരിമലയിലെ വരുമാനം സർക്കാർ കൊണ്ടുപോവുകയാണെന്നത് ഇതിന് മതേതരക്കാർ വാദിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിൽ ആയിരത്തൊരുന്നൂറിൽ ക്ഷേത്രങ്ങളുണ്ട് ഇതിൽ സ്വയം പര്യാപ്തമായത് ശബരിമലയും ശ്രീ പത്മനാഭ അടക്കം വെറും ഏഴ് ക്ഷേത്രങ്ങൾ മാത്രമാണുള്ളത് ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് ബാക്കി ആയിരത്തി ഒരുന്നൂറിൽ പരം ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ദേവസ്വം ശമ്പളം കൊടുക്കുന്നത് ഒരൊറ്റ പൈസ പോലും സർക്കാർ കൊണ്ടുപോകുന്നില്ലെന്ന് മാത്രമല്ല എൺപത് ലക്ഷം സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും സുരക്ഷാ ഇനത്തിൽ വേറെയും ചിലവുകളുണ്ടെന്നും ഈ വാദം ശരിയാണോ സ്വാമിജി അയ്യോ ഇത്ര വലിയ ഹിന്ദു സ്നേഹം എന്തിനാണ് സർക്കാരിന് ഇത്രയും ലക്ഷക്കണക്കിന് ഉറപ്പേക്ക് അങ്ങോട്ട് ചെലവ് ഒരു വിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങൾ എന്തിനാണ് സർക്കാർ പരിപാലിക്കുന്നത് ക്ഷേത്രം പരിപാലിക്കുകയാണോ സർക്കാരിൻ്റെ കർത്തവ്യം അതുകൊണ്ട് ഏത് നിമിഷം മുതൽ സെക്യുലർ സ്റ്റേറ്റാണോ ആ നിമിഷം മുതൽ ഒരു മതത്തിൻ്റെ സ്ഥാപനം പരിപാലിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ല എന്ന തിരിച്ചറിവോട് കൂടി പിന്തിരിയുകയല്ലേ വേണ്ടത് ഇത്രക്കൊക്കെ ചിലവാക്കുക എന്താണ് അർത്ഥം സർക്കാർ ചെയ്യണത് ഹിന്ദുക്കളുടെ ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി പൊതുഭണ്ട് ഉപയോഗിക്കുക പാടില്ല ഈ കള്ളത്തിന് പച്ച കള്ളം എന്നൊക്കെ പറയാറുണ്ട് അതാണ് സംഭവം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ദേവസ്വത്തിൻ്റെ പെണം അതിന്റെ ക്യാഷ് ഫ്ലോ എവിടെയാണ് കിടക്കുന്നത് ഇത്ര കോടി രൂപ വരുമാനം ഉണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ വരുമാനം എവിടെ പോകുന്നു ഇതിൻ്റെ കണക്ക് സർക്കാർ ബോധിപ്പിക്കട്ടെ സമൂഹത്തെ ഇനി അല്ല സർക്കാരിങ്ങനെ കഷ്ടപ്പെട്ട് ക്ഷേത്രം പരിപാലിക്കുകയാണ് അതാണോ സർക്കാരിൻ്റെ പണി രാജ്യം ഭരിക്കട്ടെ ഹിന്ദുവിൻ്റെ ക്ഷേത്രം ഹിന്ദുവിനെ ഭരിക്കാം വിട്ടു കൊടുക്കട്ടെ എന്നാൽ പിന്നെ അത്രയും ലാഭമല്ലേ സർക്കാരിന് ഇതിന ഔദാര്യം കാണിക്കണേ ഹിന്ദുക്കളോട് അത് ഭരണഘടന നൽകുന്ന സമതയ്ക്ക് വിരുദ്ധമല്ലേ ശബരിമലയിലെ വരുമാനം വർഷത്തിൽ ഇത്ര കോടിയാണെന്ന് പരസ്യപ്പെടുത്തും എന്നാൽ വാവർപള്ളിയിലെ വരുമാനം ഇത്ര കോടിയാണെന്ന് പരസ്യപ്പെടുത്തി കാണുന്നില്ല പരസ്യപ്പെടുത്തും വാവർപള്ളിയിലെ കാണിക്കയെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ അത് പൊതുസഭയിൽ എണ്ണിത്തിട്ടപ്പെടുത്തി നാലായി ഭാഗിക്കും അതിൽ കാൽഭാഗം ദേവസ്വത്തിന് നൽകുന്നുണ്ടെന്നും പോലും ഇത് ശരിയാണോ അറിയില്ല അന്വേഷിക്കുക ഏതായാലും നാലിലൊന്ന് ദേവസ്വത്തിന് നൽകണുണ്ടെന്നാണ് പറയണത് ഇല്ലേ സന്തോഷം നാലിൽ മൂന്നോ ഈ നാലിലൊന്ന് എത്രയാണ് ഓരോ വർഷവും എത്രയാണെന്ന് ചോദിക്കുക നമ്മുടെ വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിക്കുക ഉത്തരം ലഭിക്കട്ടെ ഇങ്ങനൊരു സമൂഹത്തെ വഞ്ചിക്കുന്നത് എത്ര കാലം എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുക ശരി തൽക്കാലം ഉപസംഹരിക്കുന്നു ം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ